ശ്രീമതി <laughs> സ്വീക <laughs>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 hm yeah. सनातनं चन्दोग्यं सत्यमत्र चतुरथं रक्तं संकल्पो वा मनसो भूयानु यदा वै संकल्पयते आत्मन मनसि देहं तथा वाचां इरेयते तां नामि इरेयति नामनि मन्त्राय गम्भोन्दि മന്ത്രേ കർമാണി താഴെ വേദ സങ്കൽപ്പേകാ സങ്കൽപ്പത്മകാ സങ്കൽപ്പതിഷിത പൃഥി സമകല്പേദാശാക േജസ്ൈ വൃത്തി അനം സങ്കൽ അസങ്കൽപത്പേ ൈകൽപത്തെ സങ്കൽപ്പ സങ്കൽപ്പം ഉപാസ पास्ते कृत्तान ुपस्ते वृत्तायोका प्रतिष्ठिता कमचरु अभीलगतमचर ുസോ <coughs> െന്ന് ചോദിച്ചു ഇനി മനസ്സിനേക്കാൾ കൂടുതലായിട്ട് ഇനിയും മറ്റെന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു മനസ്സിനേക്കാൾ കൂടുതലായിട്ടുണ്ട് അതെന്താണ് സങ്കല്പം ഇനിയും എന്തെങ്കിലും ഉപാസിക്കാനുണ്ടോന്നോ ഇത് സങ്കല്പം സങ്കല്പത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാം സാധാരണ പറയുന്ന രീതിയിലൂടെ മനസ്സ് സങ്കല്പം ചിത്തം വിജ്ഞാനം എന്നെല്ലാം പറയുന്നു സാറിന് അദ്വൈതത്തിൽ അന്തക്കരണത്തെ നാലായിട്ട് മനസ്സ് ബുദ്ധിചിത്തവും അഹങ്കാരം എന്ന് പറയും ആ രീതിയിലുള്ള ഒരു ഭജന ഇവിടെ പറയും ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് സങ്കല്പറയുന്ന ഒരു ഭാവത്തെ എടുക്കുകയാണ് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് അത് സാറിന് പറയുന്ന രീതിയിലല്ല അതുകൂടെ വിശദീകരിക്കുന്നു മനസ്സോഭിയ മനസ്സിനേക്കാൾ കൂടുതലായി സങ്കല്പത്തെ ഉപാസിക്കാം സങ്കൽപ്പോഭി മനസ്സിനെ നേരത്തെ മനസ്സിനത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിനും വിവക്ഷാബുദ്ധി താല്പര്യ ബുദ്ധി ആ മനസ്സിനുള്ള അന്ധക്കരണ വൃത്തിയെന്ന് അതിപ്പോ ഒരു ഭാഗത്തെ എടുക്കുന്നു അന്ധക്കരണത്തിന് ഒരു ഭാഗത്തെ മനസ്സെന്നെടുത്ത് ഒരു ഭാഗത്തെ സങ്കല്പം നൽകുന്നു അത് ഏത് ഭാഗമാണ് കർത്തവ്യ അകർത്തവ്യ വിഷയവിഭാഗീയനെ സമർപ്പിച്ചു ഇത് കർത്തവ്യമാണോ ഇത് അകർത്തവ്യമാണോ എന്ന് താല്പര്യപൂർവ്വം ഗ്രഹിച്ച് നിശ്ചയിക്കുന്നു ആ ഒരു ഭാഗം മനസ്സിൻ്റെ തന്നെയാണ് സങ്കല്പം എന്നിവിടെ കാരണം നമ്മൾ പറയുന്ന സങ്കല്പ സങ്കല്പറിയ ഭാവനയും സങ്കല്പ മനസ്സിൽ വരുന്ന ഒരു തോന്നലെയും സങ്കല്പമൊന്നും ഇവിടെ അതൊന്നുമല്ല കർത്തവ്യ ആകർത്തവ്യ വിഷയവിഭാഗ്യം കർത്തവ്യമാണ് അതകർത്തവ്യമാണ് എന്ന് താല്പര്യപൂർവ്വം അറിഞ്ഞു നിശ്ചയിക്കുക ഈ ഭാഗ്യനെ സമൃദ്ധിയെ വിഷയിച്ചു മനസ്സി മനസ്സിന അനന്തരം ഭവതി പറയുന്നു അങ്ങനെ ഇത് കർത്തവ്യമാണ് ഇത് അകർത്തവ്യമാണെന്ന് നിശ്ചയിക്കുന്നു പിന്നെ താല്പര്യം ഉണ്ടാകുന്നു ചികിത്സ ചെയ്യുന്നതിനുള്ള താല്പര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടാകുന്നു അത് ഇങ്ങനൊരറിവുണ്ടാകുമ്പോഴാണ് അത് കർത്തവ്യമാണ് പുണ്യം കർത്തവ്യമാണ് പാപം അകർത്തവ്യമാണ് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആസ്തികൻ അവിടെ ചികിത്സ ബുദ്ധി ഉണ്ടാകുന്നു പുണ്യം ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു അറിവുണ്ടാകുന്നു പ്രവർത്തിക്കുന്നു പാപത്തെ ഒഴിവാക്കുന്നു ഇങ്ങനെ ഒക്കെ ചെയ്യുന്നതിന് കാരണമായിരിക്കുന്ന അന്ധകരണ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അന്ധകരണത്തിൻ്റെ ഒരു പ്രവർത്തനം സങ്കല്പം സങ്കല്പതെ വിഷയൻ വിഭജതം യുക്തമിതി മന്ത്രൻ അധീയ ഇത്യാദി പറയുന്നു ഇതെല്ലാം ബന്ധപ്പെടുത്തിയാണ് അതുകൊണ്ട് ഉദാഹരണം പറയുന്നു ആദ്യം കർത്തവ്യാദി വിഷയൻ വിഭജതയെ സങ്കല്പയതയെന്ന് വെച്ച എനിക്കെന്താണ് കർത്തവ്യമായിരിക്കുന്നത് എന്താണ് കർത്തവ്യം വല്ലാതിരിക്കുന്നത് വിഭജിക്കുന്നത് എന്നിട്ട് നിശ്ചയിക്കുന്നു ഇതും കർത്തം യുക്തം ആ എന്റെ കർത്തവ്യമായിരിക്കുന്ന വേദപഠനമാണ് അവിടെ വിവക്ഷാബി ഞാൻ വേദം അധ്യയനം ചെയ്യും വേദമന്ത്രങ്ങളുടെ അധ്യയനം ചെയ്യും ഇത്തരത്തിൽ പോകുന്ന മനസ്സിന്റെ പ്രവർത്തനത്തിനുള്ള സങ്കല്പു പറയുന്നത് അതനന്തരം ഭാഗം ഈ രീതി മന്ത്ര സങ്കല്പം വരുമ്പോ എനിക്ക് വേദം അധ്യയനം ചെയ്യണം മന്ത്രം അധ്യയനം ചെയ്യണം എന്ന് വരുമ്പോ എന്തു ചെയ്യുന്നു വാക്ക് പ്രവർത്തിക്കുന്നു ഉച്ചരിക്കുന്നു ഉച്ചരിക്കുന്നതിന് വാക്ക് വാഗീന്ദ്രിയം താരുന്നു ജീവനതിനെ പ്രേരിപ്പിക്കുന്നു വാഗിന്ദര്യം ഉച്ചരിക്കുന്നു മന്ത്രത്തെ അധ്യയനം എന്ന് വെച്ചാൽ ഉച്ചരിക്കുകയാണ് ണ നിമിത്തം വിവക്ഷം അങ്ങനെ ആ വാക്കിനെ നാമത്തിൽ പ്രവർത്തിപ്പിക്കുന്നു നാമസാമാന്യ മന്ത്ര ശബ്ദ വിശേഷ ഏകം ഭവന്തി അന്ത്രം ഭവ നാമങ്ങളാണ് മന്ത്രം എന്ന് പറയുന്നു അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നാമി ഈരേതി നാമന് മന്ത്ര ഏകംഭവന്തി നാമത്തിൽ മന്ത്രങ്ങൾ ഏപ്രിക്കുന്നു നാമങ്ങൾ കൂടി മന്ത്രം സങ്കല്പം കൊണ്ടാണ് ഉച്ചാരണംഭവിക്കുന്നത് എന്തിനുച്ചരിക്കുന്നു മന്ത്രങ്ങളെ മന്ത്രങ്ങൾ നാമങ്ങളാണ് മന്ത്രേഷു കർമാണിഗം ഭഗവതി അങ്ങനെ സങ്കല്പം സങ്കല്പങ്ങളുടെ നാമം നാമത്തിലൂടെ മന്ത്രങ്ങൾ മന്ത്രത്തിലൂടെ കർമ്മം മന്ത്രത്തിൽ കർമ്മങ്ങൾ മന്ത്രങ്ങളിൽ കർമ്മയോഗീഭവിക്കുന്നു എന്നും പറയാം അങ്ങനെ മന്ത്രപ്രകാശിതാനി കർമാണിക്രിയന്തി അസ്ഥി കർമ്മ മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് വൈദികം ചെയ്യുന്നത് അഗ്നിഹോത്രഞ്ചുഹൂയ സ്വർഗകർമ യ ജയിത മന്ത്രങ്ങളാണ് അമന്ത്രകം അസ്ഥി കർമ്മം മന്ത്രത്തിലൂടെ അല്ലാതെയുള്ള ഒരു കർമ്മം അതില്ല കർമ്മം സർവതും വൈദികമായ സർവ്വകർമ്മവും മന്ത്രമാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് അമന്ത്രകമായ കർമ്മ മന്ത്രത്തിലൂടെ കർമ്മം അക്രമത്തെ പറയാൻ വേണ്ടി പറയുന്നത് പ്രകാശനം സത്കർമ്മ ബ്രാഹ്മണേന ഇതം കർത്തവ്യം അസ്മിഫലീതി വിധീയത വേദോന്ന് പറയുന്നത് മന്ത്രവും ബ്രാഹ്മണവും രണ്ടും കൂടി ചേർന്നാണ് അപ്പോ ബ്രാഹ്മണം എന്താ ചെയ്യുന്നത് അത് പറയുന്നു മന്ത്രപ്രകാശനേൽ ലബ്ധ സത്താകം സത്കർമ്മ മന്ത്രം കർമ്മത്തെ വെളിപ്പെടുത്തും കർമ്മം ഇന്നതാണ് സത്യ ഉണ്ടാകുന്നു അപ്പൊ ബ്രാഹ്മണേന ബ്രാഹ്മണഭാഗം എന്ത് ചെയ്യുന്നു ഇതം പർത്തവീം ഭീം ഫല ഏത് വിധിയെ പറയുന്നു ഈ കർമ്മത്തിന് ഇന്ന ഫലമാണ് എന്ന് വിധിക്കുന്നു അപ്പൊ രണ്ടും കൂടെ കൂടിച്ചേർന്നാണ് പറഞ്ഞ മന്ത്രം എന്ന് പറയുമ്പോ ബ്രാഹ്മണം വിട്ടു പോകും പറയുന്നു മന്ത്രവും ബ്രാഹ്മണവും കൂടിച്ചേർന്നിട്ടാണ് അഗ്നിഹോത്രാദി കർത്തവ്യ കർമ്മങ്ങളെ വിധിക്കുന്നത് ബ്രാഹ്മണേഷ കർമ്മ ദൃശ്യ സ്വാമി മന്ത്രേഷു ലേവ കർമ്മ സ്പഷ്ടീകരണം പറയുന്നു സ്ഥലത്ത് നേരിട്ട് ബ്രാഹ്മണഭാഗം തന്നെ കർമ്മത്തെ വിധിക്കുന്നുണ്ടല്ലോ പറയാ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ കർമ്മങ്ങൾ ബ്രാഹ്മണഭാഗത്ത് കാണുന്നുണ്ടെങ്കിലും കർമ്മക്കിഞ്ചിത് ബ്രാഹ്മണെ ഉത്പന്നം ധരിച്ചേ ബ്രാഹ്മണഭാഗത്ത് ചില കർമ്മങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതെന്താണോ മന്ത്രഷുലബ്ധത്താകാനെ മന്ത്രത്തിലുള്ളത് തന്നെ മന്ത്രമാണ് അതിനെ പ്രകാശിപ്പിച്ചത് ബ്രാഹ്മണഭാഗത്ത് വരുമ്പോൾ അതിനെ സ്പഷ്ടമാക്കുകയാണ് അതുകൊണ്ട് മന്ത്രവും കർമ്മവുമായിട്ട് ബന്ധമുണ്ട് മന്ത്ര അപ്രകാശകം കർമ്മകഞ്ചി ബ്രാഹ്മണ ഉത്പന്നം മന്ത്രഭാഗത്തിൽ കാണാത്ത കർമ്മങ്ങൾ ബ്രാഹ്മണഭാഗത്തിൽ ഇല്ല വേദവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് ത്രിവിഹിതം കർമ്മി പ്രസിദ്ധൻ രൂപയാണ് സാധാരണ പറയാറുണ്ടല്ലോ കർമ്മം ത്രീ വിഹിതമാണ് മന്ത്രവിഹിതമാണ് സമാ യജുസ് മന്ത്രങ്ങളാണ് മന്ത്രേഷു കർമാണി കവിയുണി ആധ്രവണത്തിൽ പറയുന്നുണ്ട് മന്ത്രങ്ങളിൽ കർമ്മങ്ങളെ അപശ്യൻ ഋഷുമാർ എന്ന് പറയുന്നുണ്ട് കസ്മദിക്തം മന്ത്രേഷു കർമ്മിയേകം ഭവതി അതുകൊണ്ട് ഇവിടെ പറഞ്ഞെന്താണോ മന്ത്രങ്ങളിൽ കർമ്മം ഏകീഭവിക്കുന്നു നാമത്തിൽ മന്ത്രം ഏകീഭവിക്കുന്നു അപ്പം ഇതെല്ലാം സങ്കല്പത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം സങ്കല്പിച്ചതുകൊണ്ടാണ് മന്ത്രങ്ങളെ ഉച്ചരിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് കർമ്മം വന്നത് അവരുടെ സങ്കല്പവും കർമ്മവുമായിട്ട് ബന്ധമുണ്ട് താനിഹായി മനാദീനിളയോ സങ്കല്പേക്കായ ഇതെല്ലാം സങ്കല്പത്തിൽ കർമ്മങ്ങളെ സങ്കല്പത്തിൽ ലയിക്കുന്നതാണ് സങ്കല്പത്തിൽ വരുന്നതാണ് സങ്കല്പാത്മകാനി ഉത്പത്തോ സങ്കൽപേ പ്രതിഷ്ഠിതാനിത് സങ്കല്പത്തിൽ ഉത്പത്തിൽ സങ്കല്പത്തിലാണ് സങ്കല്പാത്മകാന് സങ്കല്പ രൂപത്തിലാണത് പ്രകടമാകുന്നത് സങ്കൽപ്പ പ്രതിഷ്ഠിതാനിതവും സങ്കല്പത്തിലാണ് നിലനിൽക്കുന്നത് കർമ്മങ്ങൾ എങ്ങനെയാണല്ലോ വേദ കർമ്മങ്ങളെല്ലാം സങ്കൽപ്പിക്കുന്നു വേദം ചൊല്ലുന്നു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു കൽപ്പനയാണ് സമകൾപതാം സങ്കല്പം പത്യവിവഹി സമക്തി പ്രതിവിലോകവും പ്രതിവിയും സങ്കല്പം ചെയ്തതുപോലെ എന്ന് പറയുന്നത് എന്താണ് താല്പര്യം നിശ്ചലമായിരിക്കുന്നു സങ്കല്പിക്കുന്നവർ പൊതുവെ നിശ്ചലമായിരിക്കുന്നു എന്തെങ്കിലും സങ്കല്പിച്ചുകൊണ്ടിരുന്ന ചിന്തിക്കുന്നു ഏകാഗ്രമായി ചിന്തിക്കുന്നു ഗാഠമായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോ ആള് നിശബ്ദ നിശ്ചലമാകും അതുപോലെ ആകാശത്തെയും ലോകത്തെയും ഭൂമിയെല്ലാം നോക്കിയാൽ അത് നിശ്ചല ലക്ഷ്യത്തെ നിശ്ചലമായതുപോലെ സങ്കല്പിക്കുന്നത് പോലെ എന്തോ ആലോചിക്കുന്നതുപോലെ യഥാ തഥാ സമകല്പേതാം വായു ആകാശം യേതു അഭി സങ്കല്പം കൃതവാൻ ഇവ ഇനി നോക്കുക വായു ആകാശങ്ങളെ മഹത്തായതിനെല്ലാം നോക്കുക അതും എന്തോ സങ്കല്പിക്കുന്നത് പോലെയാണോ നിശ്ചലമായിരിക്കുന്നു ജലവും തേജസ്സും സേനരൂപ നിശ്ചലാനു സ്വയം നിശ്ചലമാണോ യഥേഷം ധ്യവാധീന സംക്ലിപ്തി സ്വയം നിശ്ചലച്ച മറ്റുള്ളതിന്റെ സാന്നിധ്യത്തിലോ സാഹചര്യത്തിലോ ഒക്കെ അതിന് ചലനം വരാം സ്വയം അത് നിശ്ചലമാണ് അതുകൊണ്ട് അതെല്ലാം സങ്കല്പിക്കുന്നത് പോലെ ദേവാപ്രതി വ്യാധിന് സങ്കല്പ് സങ്കല്പി സങ്കല്പനിമിത്തം വർഷം സങ്കല്പതേ വർഷം സങ്കല്പം കൊണ്ടാണ് സമൃദ്ധോഭവതി വർഷം പ്രകടമാകുന്ന സങ്കല്പം കൊണ്ടാണ് തഥാ വർഷ് സങ്കല്പനിമിത്തം അന്നം സങ്കല്പതേ അന്നം എങ്ങനെയുണ്ടാകുന്നു വർഷം കൊണ്ടാണോ അത് വേണം വിവർഷസങ്കൽപം എന്ന് പറയാൻ അന്നംഭവതി അത് വിശദീകരിക്കുന്നു ഗുഷ്ടിയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നു അന്നൽപതി അന്നം കൊണ്ട് പ്രാണുണ്ടാകുന്നു അന്നം കഴിക്കുമ്പോഴാണ് പ്രാണനുണ്ടാകുന്നു അന്നമയാഹി പ്രാണ അന്നോ ഭ അന്നം ദാമ ഇതീശ്രുതി പ്രാണൻ അന്നമയനാണ് അന്നത്തെ ആശ്രയിക്കുന്നവനാണ് അന്നം ദാമ അന്നം പ്രാണനാണ് മനസ്സിനെ സംബന്ധിച്ചും പ്രാണനെ സംബന്ധിച്ചും ഇനിയും വരുന്നത് അത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അത് ഇനി ൃപ്തി മന്ത്ര സങ്കല്പത്തെ ഇവയെല്ലാം ഉണ്ടാകുന്നതിന് അന്നവും മറ്റും മന്ത്രമാണോ കാരണമായിരിക്കുന്നത് പറയാൻ കാരണം ഇപ്പം വൈദികമായിട്ടാണെങ്കിൽ മന്ത്രം പറയാനുള്ളത് പർജന്യർജന്യ അന്ന സംഭവം ഇവിടെ പറയുന്നു വർഷത്തിന് ഹേതുവായി യജ്ഞമാണല്ലോ യജ്ഞത്തിന് കാരണം മന്ത്രമാണല്ലോ നമ്മളവിടെ വിശദീകരിച്ചാണ് അതേപോലെ ഇവിടെയും പറയുകയാണ് മന്ത്ര സങ്കല്പന്ത മന്ത്രം അധ്യയനം ചെയ്യുന്നതിൽ പ്രാണൻ വേണം വരും പ്രാണൻ പറയുന്നില്ല ശക്തമായ പ്രാണൻ വേണം എന്നാലും അധ്യയനം ചെയ്യാൻ പറ്റും മന്ത്രീ സംതൃപ്തി കർമാണി അഗ്നിഹോത്രാധീനി സങ്കല്പം തേ മന്ത്ര സിദ്ധമായാലേ മന്ത്രസാമർഥ്യം കൊണ്ടാണ് അഗ്നിഹോത്രാദി അനുഷ്ഠീയമാനാൻ മന്ത്രപ്രകാശിതാ സമർത്ഥോഭവന്തി മന്ത്രമാണ് കർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഫലായ അതുകൊണ്ട് കർമ്മങ്ങൾ ഫലമുണ്ടാകുന്നു അതുകൊണ്ട് സങ്കല്പം ഫലം വരെ എത്തി സങ്കല്പം കൊണ്ട് മന്ത്രം മന്ത്രം കൊണ്ട് കർമ്മം കർമ്മം കൊണ്ട് ഫലം അതുകൊണ്ട് സങ്കല്പം കൊണ്ട് ഫലം ഇങ്ങനെ വന്നു എല്ലാം വൈദികമാണ് ലൗകികർമ്മങ്ങളെടുക്കരുത് തതു ലോക ഫല സങ്കല്പതെ കർമ്മകർത്തൃ സമയതയ സമൃദ്ധി ഭൂതി അതുകൊണ്ടുതന്നെ തീരുന്നു ജീവന്മാരെല്ലാം ഫലത്തെ യോഗ്യരായിത്തീരുന്നു അത് പറയുന്നു കർമ്മകർത്തൃ സമയതയ സമൃദ്ധഭോതി അവരിൽ കർമ്മം വരുന്നു അവരിൽ കർത്തൃത്വം വരുന്നു അവരിൽ ഫലം വരുന്നു ഇതെല്ലാം കാരണം സങ്കല്പമാണ് മന്ത്രമാണ് जगत, സങ്കല്പതെ അവൈകല്യം അത് കൊണ്ട് ജഗത്ത് നിലനിൽക്കുന്നു സ്വരൂപൈകല്യ സ്വരൂപത്തിൽ ന്യൂനതയൊന്നും സംഭവിക്കാതെ ജഗത്ത് യത് ഫലാവസാനം തത്സർവം സങ്കല്പം അതുകൊണ്ട് പറയുന്നതിന്റെ ചുരുക്കി പറയുന്നു ചിലവിടെ സൂചനകൾ തന്നിട്ട് പറയുന്നു എന്താണോ ഇതും സർവം ജഗതിയിൽ കാണുന്ന സമ്പൂർണ്ണ ജഗത്തും ജഗത്ത് തന്നെ ഒരു ഫലരൂപത്തിലുള്ളതാണ് സർവസങ്കല്പം മൂലം ജഗത്ത് ഫലരൂപമാണെങ്കിൽ ഫലത്തിന് കാരണം സങ്കല്പമാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു സങ്കല്പിക്കുന്നു സങ്കല്പത്തിനുസരിച്ച് ഫലം ഉണ്ടാകുന്നു അപ്പൊ സങ്കല്പം മുഖ്യമാണോ അവിടെ സങ്കല്പം അപ്പൊ വിശിഷ്ട സഹേഷ സങ്കല്പ അതുകൊണ്ട് സങ്കല്പം വിശിഷ്ടമാണോ സങ്കല്പം ഉപാസ്യ അതുകൊണ്ട് നീ സങ്കല്പത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞ് ഉപാസകന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു അപ്പൊ സങ്കല്പം തുടക്കത്തിൽ പറഞ്ഞ് സങ്കല്പം എന്ന് പറയുന്നു നമ്മള് മലയാളത്തിൽ പറയുന്ന സങ്കല്പല്ല ഇവിടെ ഇത് പ്രത്യേകതയുള്ളതാണ് ഇവിടെ പറയുന്നത് അത് മന്ത്രത്തിലൂടെ കർമ്മത്തിലൂടെ ഫലത്തിൽ വന്ന് സർവലോകാരണമായിരിക്കുന്ന ആ സങ്കല്പതിനെ ഇവിടെ പറയുന്നു ആ സങ്കല്പത്തെ ബ്രഹ്മം ഉപാസിച്ചാലോ സ്വയസങ്കല്പം ബ്രഹ്മേരി ബ്രഹ്മബുദ്ധിയ ഉപാസി ചെയ്യൂനാണോ ബ്രഹ്മബോധം സങ്കല്പത്തിൽ വയ്ക്കുന്നത് കളിത്തവൻ വൈ ദാത്രീതി ലോക അവനും ദാതാവ് ലോകങ്ങളെല്ലാം അവന് വേണ്ടി ലോകം എന്ന് വെച്ചാൽ ഫലരൂപത്തിലുള്ള ജഗത്തെയുള്ള ഫലരൂപത്തിലുള്ള ലോകമാണ് ഫലം ഇതിൻ സമർത്ഥിതാൻ സങ്കല്പിതാൻ സവിദ്വാൻ ധ്രി നിത്യൻ അത്യന്ത ധ്രുവാപേക്ഷ ധ്രുവ അടുത്തു പറയുന്നു ക്ലിത്താൻ വയസ്സ ലോകാൻ ധ്രുവൻ ധ്രുവ അത് വ്യാഖ്യാനിക്കുന്നു ധ്രുവാൻ നിത്യൻ അത്യന്തര ധ്രുവേക്ഷ ധ്രുവ സ്വയം അത്യന്തര ധ്രുവത്തെ അപേക്ഷ ആത്യന്തികമായ നിത്യമാണ് പേര് അത് ബ്രഹ്മം മാത്രം അതിനപേക്ഷിച്ച് എന്താണ് ഇവനും സ്ഥിരതയുണ്ടാകുന്നു എന്താ ഈശിതെന്ന് പറയുന്നത് അവൻ കർമ്മം ചെയ്യുന്നു മന്ത്രത്താഗ്രഹിക്കുന്നു സങ്കല്പിക്കുന്നു മന്ത്രത്തഗ്രഹിക്കുന്നു കർമ്മം ചെയ്യുന്നു ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തിട്ട് ശ്രേഷ്ഠമായ ലോകത്ത് അവന് സ്ഥിതി ഉണ്ടാകുന്നു ലോകിനോ അധ്രുവ ലോകെ ധ്രുവർ ധ്രുവൻ പ്രതിഷ്ഠിതാൻ ഉപകരണസമ്പന്നു ഈ ലോകം കർമ്മഫല രൂപത്തിലുള്ള ഈ ലോകം ധ്രുവമായിട്ട് എന്താ പ്രയോജനം ഇവിടെ ഈ കർമ്മത്തെ അനുഭവം ഈ ലോക രൂപത്തിലുള്ള കർമ്മഫലത്തെ അനുഭവിക്കുന്നവർ നിത്യമല്ലെങ്കിൽ അനുഭവിക്കാൻ നിത്യമായ ഫലമുണ്ട് അനുഭവിക്കുന്നു നിത്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ലോകിനോകികളും ജീവന്മാരും ം മന്ത്രം കർമ്മം ഈ തരത്തിൽ പോകുന്ന ജീവന്മാർ അവരും ധ്രുവമാണ് അവർക്കും പരമാർത്ഥത്തെ അപേക്ഷിച്ച് ധ്രുവലോകപ്രാപ്തി ധ്രുവലോകത്തെ ധ്രുവൻ പ്രാപിച്ചു അവർക്കും ധ്രുവ്തി അവർക്ക് നിത്യത വരുന്നു അവർ പ്രാപിക്കുന്ന ലോകത്ത് നിത്യത വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മം ചെയ്തു മറുലോകങ്ങളിൽ പോയി കർമ്മഫലത്തെ അനുഭവിക്കുന്നവരോ അവരെങ്കിൽ കർമ്മം ചെയ്തിട്ട് ഭൂമിയിൽ തന്നെ കർമ്മഫലമായ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്നവർക്കെല്ലാം എന്ത് വരുന്നു ഇവിടെ വരുന്നു ആയുസ് മുഴുവൻ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു ധ്രുവൻ പ്രതിഷ്ഠിത ഉപകരണസമ്പന്നു അവരെന്ത് ചെയ്യുന്നു ഉപകരണ സമ്പന്നമാരാവുന്നു കർമ്മം ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഉപകരണങ്ങൾ വേണ്ടത് മനസ്സ് ബുദ്ധി ശരീരം അതുമാത്രമാണ് മറ്റുപകരണങ്ങളും കർമ്മ അംഗങ്ങളായി വരുന്ന മറ്റുപകരണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാം അവർക്കുണ്ടാവുന്നു പശുപുത്രാധിപ അതാണ് പശുപുത്രാദികളെല്ലാം ഉണ്ടാവുന്നു പ്രതിഷ്ഠ അതുകൊണ്ടവർ നിലനിൽക്കുന്നു പ്രതിഷ്ഠിത ആത്മീയോപകരണസമ്പന്നവും അവർ സ്വയം പ്രതിഷ്ഠിതമായിത്തീരുന്നു അവരുടെ ഫലങ്ങൾ പ്രതിഷ്ഠിതമായിത്തീരുന്നു അപ്പോൾ അവരുടെ ഫലവും അവനെന്തൊരു ചേർച്ച ഉണ്ടാകുന്നു കർമ്മ ചെയ്തവൻ അവന്റെ ഫലത്തെ അനുഭവിക്കുന്നു ഫലവിടെ ശേഷിക്കുകയും അവനില്ലാതിരിക്കുകയും ചെയ്ത അവനുണ്ട് ഫലമില്ലാതൊന്നുമില്ല അപ്പൊ ഈ ജഗത്തും ഈ ജലഗത്തിന്റെ ഭോക്താവും എന്നുള്ള രീതിയിൽ ഇത് രണ്ടും നിലനിൽക്കുന്നു ഉപാസനയുടെ ഫലമാണ് പിന്നെ പറയുന്നു മന്ത്രത്തിൽ തന്നെ പറയുന്നു ലോകാൻ ധ്രുവാന് പ്രതിഷ്ഠിതാൻ പ്രതിഷ്ഠമാനാൻ അമിത്രാദിത്രാൻ അവർക്ക് അമിത്രം ശത്രു ശത്രുഭയം ഇതൊന്നും അവർക്കുണ്ടാവുന്നില്ല ഉപാസങ്ങൾ അതില്ല അവർക്ക് മനസ്സ സ്വയം അവർക്ക് അങ്ങനെ ബാഹ്യമായി സത്യത്തില്ല സ്വയം അവർ സ്വയം അഭിസുഖ്യാപ്തീർ അവരെന്ത് ചെയ്യുന്നു ആ കർമ്മത്തിന്റെ ഫലത്തെ സങ്കല്പത്തിലൂടെ വന്നു പ്രാപിക്കുന്നു ലോകത്തെ പ്രാപിക്കുന്നു സ്വയം അവർ സങ്കല്പം കൊണ്ട് അവരും ശിഥിമാകാതിരിക്കുന്നു അപ്പൊ ഇവിടെ കർമ്മമോപാസന ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു പറയുന്നു അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഫലം സ്വർഗമാണ് അവൻ സ്വർഗത്തിൽ ചെന്നു കർമ്മഫലത്തെ അനുഭവിക്കാൻ അവിടെ വെച്ചവനില്ലാതായാലും പിന്നെ സ്വർഗ്ഗഫലം എങ്ങനെ അനുഭവിക്കും ഇനി അവിടെ അവനുകൊണ്ട് സ്വർഗമില്ലെങ്കിലോ അപ്പൊ ഇത് രണ്ടും തന്നെ നിൽക്കുന്നു എന്നർത്ഥം യാവ സങ്കല്പ സിഗതം സങ്കല്പ ഗോചര തത്രാസി യഥാകാമത്തെ ഒരു ഭൂതി ഫലത്തെ പറയുന്നു സങ്കല്പം ഏതു പോകാമോ അതൂരെ അവനും പോകാം സങ്കല്പ ലോകത്തിലാണ് സഞ്ചരിക്കുന്ന സങ്കല്പ സിത്തു സർവേശങ്കൽപസിടെ പറയുന്നു ഇത് സ്വസങ്കല്പത്തെക്കുറിച്ച് പറയും സർവീ സങ്കല്പം സർവീ സങ്കല്പം വിഭിന്ന രീതിയിലായി അതിന് കൂടെ എടുക്കാൻ പറ്റത്തില്ല സ്വസങ്കല്പം ഇതും പറയുന്നത് ആന്തരികമായി നോക്കാനാണ് എന്താണ് ഈ സങ്കല്പം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ധരിക്കുന്ന സങ്കല്പല്ല സങ്കല്പം എന്ന് പറയുന്നത് വിഷയ ഉന്മുഖമായ സങ്കല്പങ്ങൾ വിഷയഗ്രഹണത്തോടുകൂടി സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങൾ സാധാരണ പറയുന്ന സങ്കല്പ ഭാവനാരൂപത്തിലുള്ള സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിൽ നേരത്തെ പറഞ്ഞല്ലോ ചിത്തം ആ ചിത്ത ലോകത്ത് അവൻ കഴിയുന്നു അതുപോലെ അവൻ സങ്കല്പ ലോകത്തെത്തിച്ചേരും സങ്കല്പത്തിന് ഏതുവരെ പോകാമോ അവിടെയെല്ലാം പോകുന്നു യഥാകാമ ചോരഭൂത്മൻ സങ്കല്പ സ്ഥിത്തു അത് സ്വസങ്കല്പത്തിനനുസരിച്ച് അന്യസങ്കല്പനുസരിച്ച് അത് എല്ലാവരുടെയും സങ്കല്പം അനുസരിച്ച് അവന് അവന്റെ കർമ്മത്തിന് അവന് ഫലമെന്ന് പറഞ്ഞ അവന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ലോകത്ത് അവൻ പോകുന്നു ഉത്തരഫല വിരോധ പിന്നെ എല്ലാവരുടെയും സങ്കല്പത്തിൽ എല്ലാ ഫലവും വരും അപ്പോ ഈ സങ്കല്പത്തിന് ഈ ഉപാസനക്ക് ഇന്ന ഫലം എന്ന് നിശ്ചയിക്കാൻ മയ അതുകൊണ്ട് ഉപാസകന്റെ സങ്കല്പത്തെ എടുക്കുക ഇവിടെ പറഞ്ഞ ഈ സങ്കല്പം സങ്കല്പോ വാവ മനസ്സോ ഭൂയാൻ എന്ന് തുടങ്ങി പറയുന്ന ഈ സങ്കല്പം സങ്കല്പോപാസന അവിടെ ആ ഉപാസകൻ തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഫലത്തെ പ്രാപിക്കുന്നു സർവുടെയും സങ്കല്പത്തിനനുസരിച്ചല്ല അങ്ങനെയാണെങ്കിൽ വിഭിന്ന ഫലങ്ങളെ പ്രാപിക്കേണ്ടി വരും സങ്കല്പം ഉപാസിക്കാതിരിക്കും ഇതും ബാക്കിയുള്ളത് പൂർവത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മനസ്സിന് ഉപാസിക്കുന്നു അതുപോലെ സങ്കല്പത്തെ ഉപാസിക്കുന്നു മൊത്തത്തിൽ താല്പര്യം ഇവിടെ സങ്കല്പം എന്ന് പറയുന്നത് സാറിന സങ്കല്പം നമ്മൾ പറയുന്നതല്ല വ്യാഖ്യാനങ്ങളിലൊക്കെ സങ്കല്പ സങ്കല്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് മന്ത്രവും പറയുന്നു ഭാഷകാരനും പറയുന്നു അവിടെ മന്ത്രം പ്രത്യേകിച്ചും പറയും സങ്കല്പേതേ മനസ്സിന്നിങ്ങനെ പറഞ്ഞു കാമു നാമിനിരേതി നാമിനി മന്ത്രഏകം ഭവന്തി മന്ത്രീഷ കർമ്മ ഇത് സങ്കല്പറുന്നത് മന്ത്രം കർമ്മം ഫലം ഇത്തരത്തിൽ പോകുന്നു അതിനുള്ള ബന്ധപ്പെടുന്ന അത് വൈദികനെ സംബന്ധിച്ച ഒരു കാര്യമാണ് സാധാരണ ലൗകിക മനുഷ്യന്റെ സങ്കല്പല്ലോ പറയുന്നത് ആ സങ്കല്പത്തെ ഉപാസന എങ്ങനെ ഇതുവരെ പറഞ്ഞ രീതിയിലല്ല ഉള്ള ഭാവന അതാണ് ഉപാസന സങ്കല്പ സങ്കല്പന്നു ധ്യാനിക്കാനല്ല അതാണ് വൈദിക ഉപാസന എന്ന് പുറത്തേക്കും പറഞ്ഞു ലൗകിക ഉപാസനകളെ പോലെയല്ല സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നതുപോലല്ല വൈദിക ഉപാസനയ്ക്ക് അതിൻ്റെതായ രീതിയുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ആരും ഒന്നും ചെയ്യാറില്ല അത് വേറെ കാര്യം ഇനി ചോദിക്കുന്നു ഭാവ സങ്കൽപ്പാദ് സങ്കല്പം ഭൂസ് പറയുന്നു ആ ഇനിയും വേറെയും ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ ഉപാസനമുണ്ട് എന്നാന്ന് പറയുക പറയാം അതാണ് ഇവിടെ പറയുന്നത് ചിത്തം ഭാവ സങ്കല്പാദ് ഭൂയോ യഥാ ചേ അഥ സങ്കൽപയേ അധ മനസെ അഥവാീരയതി താമരയേ നാമനി മന്ത്രേകം മന്ത്രേഷ കർമാണി താഹതാ ചിത്തെ ഗായ ചിത്ത ിത്തോ നഹുരുേദ യൻ നൈത്ഥം അചിത്യാഥ ചിത്ത കസ്മേ ശുശ്രൂഷന്തിയായ ചിത്തമാത്മാതിഷിത്തുപാസി ബ്രമീത്യുപാസ് ചിത്താൻ വയസ്സ ലോകാൻ ധ്രുവാൻ ധ്രുവ പ്രതിഷിതോ അവ്യതിാവസീതാമചാരോതി പറഞ്ഞത് സങ്കൽപ്പം ഇവിടെ ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന്റെ സ്ഥാനത്ത് ചിത്തം എന്ന് പറഞ്ഞു ബാക്കിയെല്ലാം പഴയതുപോലെയാണ് എന്താ ഈ ചിത്തം എന്താ സങ്കല്പം അത് നമ്മള് സാറിന് ധരിക്കുന്ന ചിത്തം എന്ന് പറഞ്ഞു നമ്മള് സാറിന് അന്ധകരണമെന്ന് ഇവിടെ അതിനെ പല പല തരത്തിൽ പറയും ചിത്തം മാവസങ്കല്പാദ് ചിത്തം ചേതൃത്വം പ്രാപ്തകാല അനുരൂപ ബോധവത്വം അതീത വിഷയ പ്രയോജന നിരൂപണ സാമർഥ്യം ചേത്തൈതൃത്വം ബോധിപ്പിക്കുന്നത് അതാണ് ചിത്തം ഇവിടെ ഇവിടെ ചിത്രത്തെ ചിത്തം എന്ന് നമ്മൾ ഇതാണ് പറയുന്നത് സ്മരിക്കുന്നത് ചിത്തം സ്മരണാത്മക ഗീതന്നെ പ്രാപ്തകാല അനുരൂപബോധത്വം ഓരോരോ സമയത്തും അനുരൂപമായ ബോധം വരുന്ന അനുരൂപമായ ബോധം എന്നാണ് ചിത്രം അതീത അനാഗത വിഷയ പ്രയോജന നിരൂപണ സാമർഥ്യം കഴിഞ്ഞുപോയി വരാൻ പോകുന്നു വിഷയ പ്രയോജനത്തെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നതിനുള്ള സാമർഥ്യം സങ്കല്പാത വിഭൂയ ആ ചിത്തസങ്കൽപ്പത്തെ കാണുന്നു ശ്രേഷ്ഠമാണ് കഥമെങ്ങനെ യഥാവി പ്രാപ്തം വസ്തുവം ഇതി അപ്പോഹായവ അഥ സങ്കല്പയതേ അഥ മനസ്യതി ഇത്യാദിക്കുന്നു പറയുന്നു ഒരു കാര്യം പ്രാപ്തമാകുമ്പോ ആ ഇത് പ്രാപ്തമായി എന്നറിയുന്നു പിന്നെ പ്രധാനമായ വാക്കോ അതിനെ സ്വീകരിക്കുന്നതിനെങ്കിൽ ഒഴിവാക്കുന്നതിന് സങ്കല്പം വരുന്നു പിന്നെ അതനുസരിച്ച് മനസ്ചിതി ചികിത്സ വരുന്നു എല്ലാം പഴയതുപോലെ സങ്കല്പം ചിത്തമായിട്ട് വ്യത്യാസം ബോധിപ്പിക്കുന്നത് അതാണ് ചിത്രം അതും അനുരൂപമായ കാലദേശങ്ങൾക്ക് അനുരൂപമായ ബോധം വിഷയ നിരൂപണ സാമർഥ്യം പറയുന്നു ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു ചിത്രം അവ സങ്കല്പാദ് ചെയ്തേ അത് സങ്കല്പതെ അപ്പോ സങ്കല്പത്തെക്കാൾ കൂടുതലായെന്നോ വേറിട്ടാണ് ചിത്രം നിറഞ്ഞാ സങ്കല്പത്തെക്കാൾ കൂടുതലായിരുന്നു പ്രത്യേകതയുള്ളത് പറയുന്നു യഥാപ് ഈ ചെയ്തേതേ അത് സങ്കല്പയില്ലേ ആദ്യം ചിത്തം പ്രവർത്തി ബോധം വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നിൽ സങ്കല്പം പ്രവർത്തിക്കുന്നു അത് മുമ്പ് പറഞ്ഞു അതുപോലെ ചികിത്സാ ബുദ്ധിയെല്ലാം വന്ന് മന്ത്രത്തിലൂടെ കർമ്മത്തിലൂടെ ഫലത്തിലെത്തിച്ചേരുന്നു അപ്പോ ഇവിടെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി മന്ത്രത്തിലൂടെ കർമ്മത്തിലൂടെ ഫലം ഫലത്തിലെത്തിച്ചേരുന്ന ആ മനസ്സിന്റെ ഒരു പ്രവർത്തനമുണ്ട് അതിനു മുമ്പ് വരുന്നത് ബോധം അതാണ് ചിട്ടം എന്ന് പറയുന്നു ഒരു തരത്തിൽ മാനസിക വ്യാപാരങ്ങളെ സൂക്ഷ്മമായി അവഗ്രധിച്ചിട്ട് അതിനെ വിഭജിച്ച് ഇന്നത് ചിത്തം ഇന്നത് സങ്കല്പം ഇങ്ങനെയെല്ലാം പറയും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് ചില സ്ഥലത്ത് ഇതിനെല്ലാം പരസ്പര കാരണം കാര്യകാരണ ഭാവമുണ്ട് ചില സ്ഥലത്തൊന്നും മറ്റൊന്നിനേക്കാൾ മികച്ചതായിരിക്കും പക്ഷെ മൊത്തത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ സർവത്രയില്ല ഇവിടെ അത് വസ്തുസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപാസന അഗ്നി സ്ത്രീ അഗ്നിയായി ധ്യാനിക്കാൻ പറഞ്ഞാൽ അതിന്റെ വസ്തുസ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല സ്ത്രീ അഗ്നിയാണോ അല്ലെങ്കിൽ അഗ്നിയുടെ ഉഷ്ണം അഗ്നിയുടെ പ്രകാശം അതൊക്കെയാണോ സ്ത്രീ അങ്ങനെ ചിന്തിക്കേണ്ടെന്താണ് ഭാവന ചെയ്ത അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്റെ വസ്തുസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഉപാസനക്ക് ഭാവനയ്ക്ക് വേണ്ടി പറയുന്നു താനി സങ്കല്പാധിന് കർമ്മഫലാന്താന് ചിത്യേകായും പറയുന്നു എന്താണ് അതസങ്കല്പയിലെ ചിത്തം കഴിഞ്ഞ സങ്കല്പം വരുന്നു അത് മനസ്സി വിവിക്ഷാ ബുദ്ധി വരുന്നു വാചമിയിലെ ഈ വാഗീന്ദ്രിയത്തെ പ്രേരിപ്പിക്കുന്നു നാമം വരുന്നു താനി മന്ത്ര നാമങ്ങൾ തന്നെ മന്ത്രം പിന്നെ മന്ത്ര കർമാണി പിന്നെ കർമ്മം പിന്നെ കർമ്മഫലം അതെല്ലാം ചിത്രത്തെ സംബന്ധിച്ചു അങ്ങനെ തന്നെ താനി സങ്കല്പാധീനി കർമ്മഫലാന്താനി ചിത്തേകായനാനി ചിത്താത്മാനി ബാക്കിയും അതുപോലെ തന്നെ താനി വായു ചിത്തേകായനാനി ചിത്താത്മാനി ഇതും സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞതുപോലെ മനസ്സിലാക്കണം ചിത്തോത്പത്തി ചിത്തെ പ്രതിഷ്ഠിതാണ് ചിത്തസ്ഥിതാനിത്യാദി അഭിപൂർവത് ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ചിത്ത മഹാത്മ്യം ചിത്തത്തിന്റെ മഹത്വം എന്താണ് ചിത്തം സങ്കല്പാതി മൂലം തസ്മാ परिज्ञानमान प्राप्ता ബഹുശാസ്ത്രാദി പരിജ്ഞാനമാൻ സജിത്തോ ചേത് ഏതൃത്വസാമർ വിരഹിതോ നിപുണലൗകൃസ ഇവിടെ എടുത്തു പറയുന്നതാണ് ഈ സങ്കല്പവും ചിത്തവും നാരം ചോദിക്കുന്നതിന് ഈ സങ്കല്പമെല്ലാം മറ്റെന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ ഉപാസിക്കാൻ ഉണ്ട് അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മഹത്വവും വിശേഷത ചിത്തത്തിന്റെ വിശേഷത എന്താണോ സങ്കല്പത്തെക്കാൾ കൂടുതലായി കിം ചിത്ത മഹാത്മ്യം പറയുന്നു ചിത്രം സങ്കല്പാദിമൂലം ഒന്ന് ചിത്രത്തിന് കാരണ സങ്കല്പമാണ് സങ്കൽ സങ്കൽപ്പാദിമൂല സങ്കല്പത്തിന് മൂലമാണ് ചിത്രത്തിൽ നിന്ന് സങ്കല്പത്തിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞു തസ്മി ബഹുശാസ്ത്രാദി പരിജ്ഞാനമാണ് ഒരാൾ സർവശാസ്ത്രവിത്താണെങ്കിലും അച്ചിത്തോബോധി ചിത്തമില്ലെങ്കിൽ അതെന്താ സർവ്വശാസ്ത്രജ്ഞനാണെങ്കിൽ ചിത്തമില്ലെന്ന് പറയുന്നു ചിത്തം ചേത്രയി ആ ബോധം അതില്ലെങ്കിൽ അത് പറഞ്ഞല്ലോ പ്രാപ്തകാല അനുരൂപ ബോധം സംയോജിതമായ ബോധമില്ലെങ്കിൽ ശാസ്ത്രങ്ങളെല്ലാം അറിയാം പക്ഷേ സമയോചിതമായ ബോധമില്ല ശാസ്ത്രത്തെ സംബന്ധിച്ച് അത് മുഖ്യമായ ഇപ്പൊ നാരദന വേണമെങ്കിലും അതിന് ഉദാഹരണമായിട്ടുണ്ട് നാരദന് സർവ്വശാസ്ത്രജ്ഞാനമുണ്ട് പക്ഷേ സമയോചിതമായ കണ്ടെത്താൻ കഴിഞ്ഞു സമയോചിതമായ ബോധം എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണ് വാസ്തവത്തിൽ ശാസ്ത്രം എല്ലാം ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയാണ് അപ്പൊ ശാസ്ത്രത്തിന്റെ സംബന്ധിച്ചുള്ള സമയോചിതമായ ബോധം എന്ന് പറയുന്നത് ദുഃഖം നിവൃത്തിയാണ് ആ ബോധമുണ്ടെങ്കിൽ ശാസ്ത്രഗ്രഹണം കൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടാവും പക്ഷെ അതുണ്ടായില്ലല്ലോ അതുകൊണ്ടാണോ പറയുന്നത് ദുഃഖസ്യ പാരം തരെയ്തു ദുഃഖത്തിന്റെ മറുകര കടത്തണം എന്നാവശ്യപ്പെടുന്നത് അത് ഒരു ന്യൂനതയാണ് അതാണ് ബഹുവിശാസ്ത്രാദി പരിജ്ഞാനവാൻസൻ അചിത്വബോധി പക്ഷേ അവനും അജിത്തനാകാം ഇതുപോലെ ശാസ്ത്രത്തെ ഒക്കെ ഗ്രഹിച്ചിട്ടും ദുഃഖിക്കുന്നവനാകാം അവന്റെ താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് അപ്പറും ബോധമില്ലാത്തവനാണെന്ന് പറയും ഇത്തരമൊക്കെ പഠിച്ചിട്ടും ബോധമില്ലാത്തവനാണ് പറയാറുണ്ടല്ലോ ഒരാൾ ധാരാളമൊക്കെ പഠിച്ചു പഠിച്ചെങ്കിലും അയാൾ പരിതപിക്കുന്നു ഞാൻ ശോചനീ പണ്ഡിതാഹഭൻ പറഞ്ഞു പണ്ഡിതനും ഇത് പരിതപിക്കുന്നു ബോധമില്ലാത്തവനാണ് അതിന് മനസ്സിലാക്കാം ഒരാൾ പഠിച്ചതുകൊണ്ട് മാത്രം ബോധമുള്ളവനാകത്തില്ല മനസിലാക്കാം സാമ്പർ അപ്പൊ അവൻ ആ ബോധ സാമർഥ്യം ഇല്ലാതെ വരുന്നു വേണ്ടത് വേണ്ട സമയത്ത് ബോധിക്കുന്നതിന് ശേഷിയില്ലാതെ സർവ്വ വേദങ്ങളും സർവ്വശാസ്ത്രങ്ങളും എല്ലാം ഉള്ളിൽ സ്മരണയിൽ എല്ലാം നിറച്ചിരിക്കുന്നു പക്ഷെ വേണ്ട സമയത്ത് വേണ്ടെന്നും കർണന്റെ കഥ പറഞ്ഞതുപോലെ ഉപകരിക്കാതെ തം നിപുണ നയം അസ്ഥി അവൻ പറയുന്നു അവനൊന്നുമല്ല എന്ന് പറയും നയം അസ്ഥി വിദ്യമാനോപി ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണെന്ന് പറയും ഇവനുള്ളതും ഇല്ലാത്തതും കണക്കാണെന്ന് പറയും അപ്പൊ അന്ധകർണത്തിന്റെ പ്രവർത്തനം എന്താണ് ചിത്തം എന്ന് പറയുന്ന ഭാവത്തിന്റെ ആ പ്രവർത്തനമാണ് ഒരുവനെയും നിലനിർത്തുന്നുണ്ട് അങ്ങനെ അതില്ലാതിരുന്നുകഴിഞ്ഞാൽ അവനെന്തെങ്കിലും ചിന്തിക്കും എന്തെങ്കിലും പ്രവർത്തിക്കും എന്തെങ്കിലും അവന് വിരുദ്ധ ഫലം ദുഷ് ഫലമുണ്ടാകും ദുഃഖിക്കും അപ്പോൾ ആൾക്കാർ പറയും എന്താണ് അവൻ പഴം പൊന്നുള്ള എന്ന് പറയും എച്ച് ആ ശാസ്ത്രാധി വേദാന്തൊക്കെ പഠിച്ചു യാതൊരു പ്രയോജനമില്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരുന്നാലും എന്തൊക്കെ സമ്പാദിച്ചുവെച്ചാലും അതുകൊണ്ടൊന്നും അവനും ഉപകാരപ്പെടത്തില്ല അതുകൊണ്ട് അവൻ ദുഃഖിക്കും ബോധമില്ലെങ്കിൽ ദുഃഖിക്കും ദുഃഖിച്ചാൽ പിന്നെ അവന്റെ സമ്പാദ്യങ്ങളൊക്കെ അവന് പ്രയോജനപ്പെടുന്നു പറയാൻ പറ്റും ഒരുപാടൊക്കെ സമ്പാദിച്ചു വെച്ച് സമ്പാദ്യം ഒരുപാട് തലവേദന ഉണ്ടാക്കുകയാണെങ്കിൽ സമ്പാദ്യം പ്രയോജനപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല വൃതായവ ഇതൊക്കെ പറയും ഇതൊക്കെ വൃധയാണ് വൃതായവ ഏറ്റവും വലിയ സമ്പാദ്യ അറിവ് അതാണ് ശാസ്ത്രാദി വേദ ശാസ്ത്രമാകുന്ന എല്ലാർക്കും കയ്യിലുണ്ടെങ്കിലും കഥയെന്തി ശ്രുതവാൻ സർവശാസ്ത്രം എൻ്റെ ഉള്ളിരിക്കുന്നുണ്ടെങ്കിലും കഥയെന്തി ലൗകിക സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ പറയും ഓ ഇതൊന്നും ഇവന് ഉപയോഗ കാര്യമില്ല ഭസ്മ എന്തുകൊണ്ട് വിദ്യയും വിദ്വാൻ സ്യാധം ഏവം അജിത്വനസ്യാ എന്ന് പറയുന്നു അവനങ്ങനെ ശരിയായി ബോധമുള്ളവനാണെങ്കിലും അവനെന്ത് ഇങ്ങനെ അചിത്തനായിത്തീരുന്നു ദുഃഖിയായിത്തീരുന്നു അവന്റെ വിദ്യ ഒന്നും എന്താ അവൻ ഉപകരിക്കാത്തത് അപ്പൊ വിദ്യ ഉണ്ടെങ്കിലും ഇല്ലാത്തവനാണോ അജിത്തോ നസ്യങ്ങനെ അചിത്തനാകുമായിരുന്നില്ല വേണ്ട ബോധം ഉപയോഗിച്ച് വേണ്ട സമയത്ത് അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അചിത്തൻ ആയിരിക്കുന്നു ഇങ്ങനെ വരാൻ പാടില്ല എന്നെല്ലാം ജനം പറയും എന്നാണ് തസ്മതസ്മൂപ്പി അശ്രുതമേവ അതുകൊണ്ട് പറഞ്ഞ ഇവനൊക്കെ പഠിച്ചിട്ടും ഗുണമൊന്നും ഇല്ല അശ്രുതമൂപ്പി അശ്രുതമേവ കേട്ടിട്ടും പ്രയോജനം ഒന്നുമില്ല ബോധമില്ലെങ്കിൽ കാര്യമില്ല എന്ന പഠിച്ച ബോധമല്ല അറിഞ്ഞ ബോധമല്ല അല്ലാതെ തന്നെ ഒരുവനും വരേണ്ട അവിടെ പറയുന്നത് സംയോജിതമായ ബോധം അതിലും പഠിക്കാത്തവനും ഉണ്ടാകാം പഠിച്ചവനും ഉണ്ടാകാതെയും വരാം ആണ് പറയുന്നു അത് അല്പവിധ വ്യതി ചിത്തവാൻ ബോധി അതടുത്ത് പറയുന്നു അല്പവിധാണ് അല്പസ്പ്പം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവന് ബോധമുണ്ട് അത്വിധ വേദിച്ചിത്വാൻ ബോധി തസ്മയതസ്മുക്തർത്ഥഗ്രഹണവ ശിശുഷന്ദേശ അങ്ങനെയാണെങ്കിൽ ഒരാളൊരു ജന്മം മുഴുവൻ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു ഏതെങ്കിലും ഒരു ശാസ്ത്രം അധ്യാത്മശാസ്ത്രമോ ഭൗതിക ശാസ്ത്രമോ എന്തെങ്കിലും പഠിച്ചു പക്ഷേ അവനതിൻ്റെ അവൻ ചിത്തവാനാണല്ലെങ്കിൽ ശാസ്ത്രത്തെ അവൻ ഗ്രഹിച്ചെങ്കിലും അവന്റെ ശരിയായ അവന്റെ ബോധത്തിൽ അത് വന്നിരിക്കുന്നതാണ് അവൻ പറയുന്ന കേൾക്കാൻ ആർക്കും താല്പര്യമുണ്ടാകത്തില്ല കാശി പോയി പഠിച്ചു ഹിമാലയത്തിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും അവൻ സ്വയം ബോധമുള്ളവനായിരുന്നു അവന്റെ ബോധത്തിലൂടെ അത് പ്രകാശിക്കും അങ്ങനെയാണെങ്കിൽ ആ ആ ശാസ്ത്രത്തെ കുറിച്ച് അവൻ പറയുന്നു കേൾക്കാൻ ആഗ്രഹിക്കും ശുശ്രൂഷന്തി ശ്രോതമിച്ചന്തി അല്പവിതവിന് ഒരുപാടങ്ങ് ഗ്രഹിച്ചിട്ടൊന്നുമില്ല അല്പ സ്വല്പമൊക്കെ ഉള്ളു അത് അവന്റെ ബോധത്തിലൂടെയാണത് പ്രകാശിക്കുന്നതെങ്കിൽ യഥസ്മി തദുത്തഗ്രഹണായ ശുശ്രൂഷന് ശ്രോതുമന്തി കേൾക്കാൻ താൽപ്പര്യം പ്രവർത്തിക്കും കാരണം അങ്ങനെ ബോധമുണ്ട് രണ്ടിൽ രണ്ടാണ് ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്ന ശാസ്ത്രം ഞാനത്തെ എണ്ണവിടെ പറയുന്നു അതാണ് എൻ്റെ തുടക്കത്തിൽ പറഞ്ഞെന്താണ് പ്രാപ്തകാല അനുരൂപ ബോധവത്വം സമയോചിതമായ അളവെന്ന് കൂടുതലറിയുന്നതിനല്ല ബോധിപ്പിക്കുന്നതിനുള്ള ശേഷി എന്ന് പറയുന്നത് കുറച്ചറിയുന്നതിനും അല്ല അതും മറ്റൊന്നാണ് താല്പര്യത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് അതിലൂടെ അവനുണ്ടാകുന്ന ബോധം എന്ന് പറയുന്നത് തസ്മാചിത്തം അപ്പം അങ്ങനെയൊന്നും ഉടനെയാണ് ഇവിടെ ചിത്തം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്ന ചിത്തം തസ്മാചിത്തം ഹിയ വിശ്വാസങ്ങൾ പാതീനാം ഹിയെ കായനം അതുകൊണ്ട് ഒരു ബോധമാണ് സർവദ്ര െല്ലാം ആധാരമായിരിക്കുന്ന സങ്കല്പാത് ഏകായനം പഴയതുപോലെ മനസ്സിലാക്കണം പഴയതുപോലെ എങ്ങനെ എന്താണ് ചിത്തേക്കായന ചിത്താത്മാനി ചിത്തേ പ്രതിഷ്ഠിതാനി എന്നെല്ലാം പറഞ്ഞത് സങ്കല്പത്തിന് പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞു സങ്കൽപ്പേക്കായനാനി സങ്കൽപ്പാത്മാനി സങ്കല്പേ പ്രതിഷ്ഠിതാനും അതുകൂടെ ചിത്തം ഒന്നാക്കി അതുകൊണ്ട് തസ്മാവി അജിത്തോ വലിയ പണ്ഡിതനാണ് പക്ഷെ ബോധമില്ലെങ്കിൽ പറയും ബോധം അതി ഓ ഗുണൊന്നുമില്ലാത്തവനാണ് അസത് ഇവന യഥയം വേദ യദ് വിദ്വാൻ ഇത് അജിത സ്യം അറിഞ്ഞെങ്കിലും ഇവന് ഗുണമില്ല ബോധമില്ലാത്തവനാണ് അല്പവി മന്ത്രത്തിൽ പറയണം അതാ ഞാൻ വായിക്കുന്നു ചിത്തവാൻ ഭോതി അത്ര സ്വല്പമൊക്കെ ഉള്ളു പക്ഷെ പറയുന്നു ഒരുപാടൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കി നേരെ ഇവയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തസ്മേ ശുശ്രൂഷന് അവൻ പറയുന്ന കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം ആണ് ചിത്തം ഹേഷാം കായനം ചിത്തമാത്മാ ചിത്തം പ്രതിഷ്ഠ ചിത്ത അതെല്ലാം സങ്കല്പം പോലെ മനസ്സിലാക്കണം അവൻകുണ്ട് ചില പ്രത്യേകതകൾ സങ്കല്പത്തേക്കാൾ ചിത്രത്തിനുണ്ടല്ലോ എന്താ അതിന്റെ ഫലം എന്ന് പറയുന്നു ചിത്ത ഉചിതാൻ ബുദ്ധിമുട്ട് ചിത്തോപാസക ധ്രുവൻ ഇത്യാദി യുക്താർത്ഥം ചിത്തോപാസകൻ അവനെ കുറിച്ച് എന്ത് പറയുന്നു ധ്രുവാൻ ധ്രുവ പ്രതിഷ്ഠിതാണ് പ്രതിഷ്ഠിതോ അവ്യധമാനോ അവിസിദ്ധ്യത്തെ മുമ്പ് സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അവൻ പ്രാപിക്കുന്ന ഫലം ധ്രുവമായിരിക്കും അവൻ ധ്രുവനായിരിക്കും അവൻ പ്രാപിക്കുന്നത് പ്രതിഷ്ഠിതമായിരിക്കും അവൻ പ്രതിഷ്ഠിതനായിരിക്കും അവൻ പ്രാപിക്കുന്നത് അവ്യധമാനമായിരിക്കും അവൻ അംയധമാനനായിരിക്കും യാവ ചിത്തം തത്രാസ് യഥാ കാമാചാരവതി ഈ ചിത്ത ഈ പറയുന്ന തരത്തിലുള്ള ചിത്രത്തിന് ഏതുവരെ പ്രാപ്തി ഉണ്ടോ അവിടെയെല്ലാം അവനും എത്തിച്ചേരും ചിത്രം ചിത്രം ബ്രഹ്മമെന്ന് ഉപാസിക്കുന്നവണ് ഇത് മനസ്സിന്റെ ഒരു തലത്തെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു ചിത്തരൂപത്തിൽ വേറെ മനസ്സായിട്ടാണ് വെളിപ്പെടുത്തി വേറെ എന്തിനെ സങ്കല്പമായും വെളിപ്പെടുത്തി അപ്പോൾ അന്ധകരണത്തിന്റെ തന്നെ ശ്രേഷ്ഠമായ ഭാവങ്ങളെടുത്ത് കാണിക്കുകയാണ് ഇവിടെ അത് നേരിട്ടുണ്ടെങ്കിലും ഇവിടെ പറയുന്ന തത്വഗ്രഹണത്തിന് ഇതും ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഉപാസിക്കാൻ പറയുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ബോധം അത് ഈ പറയുന്ന തരത്തിലുള്ള കർത്താ കർത്തവ്യ അനുഷ്ഠാനത്തിലുള്ള സാമ്പർത്ഥ്യം അത് വേണ്ട മനസ് വേണ്ട എല്ലാം വേണം അപ്പൊ ഇതിന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന ഒരു കാര്യം ശാസ്ത്രജ്ഞാനമല്ല മുഖ്യം മനസ്സ് സങ്കല്പവും ചിത്തവും എല്ലാം കൂടിച്ചേരുന്ന ശാസ്ത്രജ്ഞാനം അതാണ് ഇവിടെ ഈ നാരദണ്യമാണ് ഇതിലൊക്കെ എന്തോ ന്യൂനതകൾ സംഭവിച്ചു ശാസ്ത്രജ്ഞാനം ഉണ്ടായിട്ടു അതാണ് ദുഃഖത്തെ തരണം ചെയ്യാൻ കഴിയാതിരുന്നത് വാസനയെക്കുറിച്ച് സാറിന പറയും വാസന എന്ന് പറയുന്നത് യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് സാധനം ആ യോഗ്യതകളോട് കൂടിയാണെങ്കിൽ ശാസ്ത്രജ്ഞാനം ഫലവത്താകത്തുള്ളൂ അതുകൊണ്ടല്ലേ വിദ്വാനെ എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ ധരിച്ചെങ്കിലും ഇവന് ദുഃഖം നിർത്തി ഉണ്ടാകത്തില്ല എന്നാണ് ചോദിച്ചത് പണ്ഡിതാഹഭാൻ തന്നെ പറയും പണ്ഡിത്യുണ്ടെങ്കിൽ പണ്ഡിതനാണ് ഇത് തന്നെയാണ് നാരദിന സംഭവിച്ചത് അതിൽ പറയുന്ന ഗീത ചാന്തോദ്യത്തിൻ്റെ ഒരേ രീതി സ്വാധീനമുള്ള ഒന്നാണ് അതിൻ്റെ താല്പര്യത്തിലേക്ക് പോകുമ്പം അത് ഗീതയിൽ പറയുന്ന കാര്യമായിട്ട് യോജിക്കുന്നുമുണ്ട് അപ്പം നാരദിനോ കാണിച്ചു കൊടുക്കുന്ന ഇതാണ് ഇത്തരം ചില കാര്യങ്ങൾ വേണം എൻ്റെ ഉള്ളിൽ അതങ്ങനെ ഉണ്ടാകും ചിത്രം ബോധം എങ്ങനെയാണോ അത് ഉപാസനയുടെ ഫലമാണ് അതാണ് നമ്മൾ കാണുന്നത് ശാസ്ത്രജ്ഞാനില്ലാത്തവരിലും ഈ ബോധം കാണുന്നത് എന്തുകൊണ്ട് അവരുടെ ഉപാസനയുടെ ഫലമാണ് ഉപാസനം ചെയ്തിട്ടില്ലെങ്കിലും മുമ്പെന്ന് ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉപാസനയെ നമുക്ക് പൂർണ്ണമായും അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ശാസ്ത്രം ഫലം ചെയ്യുന്നില്ലെങ്കിൽ ഉപാസനയുടെ ന്യൂനതയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം അതുതന്നെയുള്ളതുകൊണ്ട് സനത്കുമാറിന് മനസ്സിലാക്കിയ നാരദനെ സംബന്ധിച്ച് ശാസ്ത്രമൊന്നും നാരദനും ഫലം ചെയ്യുന്നില്ല ഫലം ചെയ്താൽ ദുഃഖിക്കൂ ഇല്ലല്ലോ കൃതകൃത്യതയില്ലല്ലോ അവിടെ ഇന്ന ഇന്ന തകരാറുകളുണ്ട് അതാണ് ഈ ചിത്തവും സങ്കല്പവും എല്ലാം പറയുന്നു മനസ്സെന്നൊക്കെ പറയുന്നത് അതൊന്നും അവിടെ വേണ്ട രീതിയിൽ ആവശ്യമായ രീതിയിലില്ല എന്നാൽ എന്റെ വീണ അതുപാസിക്കുക അത് ഉപാസിച്ചതിനെ നേടുന്നു അതാ പറയുന്നു ഞാനതിനോടത് ഇത് മനസ്സിലാക്കാതെ പല രീതിയിലേക്ക് എനിക്ക് ഇതാണ് ആത്മവിദ്യ ഈ പറയുന്നതാണ് ആത്മവിദ്യ അല്ല ഉപാസനീ ആത്മവിദ്യ എന്ന് പറയും ആർത്ഥത്തിലാണ് പക്ഷേ തത്വബോധരൂപത്തിലുള്ള ആത്മവിദ്യയല്ല ഉപാസന ീ പറയുന്ന ഫലത്തെ കൊടുക്കുന്നു മാത്രമാത്രം അതുള്ളത് ആവശ്യമെന്ന് തന്നെ പറയുന്നു അസ്ഥിഭവൻ ചിത്താത്ഭവ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് തന്നെ കുറിച്ച് ചോദിക്കുന്നതായിട്ട് തെടുക്കും ശോകസ്യ പാരം താര ശോകത്തിന്റെ മറുകരത്തിനോന്നു എന്തുകൊണ്ടെത്തന്നില്ല അതിന്റെ പോരായ്മകളുള്ളതുകൊണ്ട് ശാസ്ത്രം എത്തിച്ചില്ല അപ്പൊ ചോദിക്കുന്നു അസ്ഥി വിഭവൻ ഭൂ ഇനി എന്തെങ്കിലുമുണ്ടോ പോരായ്മകളോ ഉണ്ട് ധ്യാനം പാവചിത്തോ ധ്യായ പ്രതിവിധ്യായരീക്ഷം ോർത്തീവ ആപോവ പഷ്യഹ്വതി അതേ അൽപ്പലിശന ധ്യനം ബ്രമ്മീദ്യുപാസ്തേ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ കൂടുതലായിട്ട് ധ്യാനമുണ്ടോ എന്താ ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം നാമീരനന്ത പ്രത്യസന്ധ ശാസ്ത്രോക്തേവതാദി ആലംബനേഷു ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആലംബനം തുടങ്ങിയ ആലംബനം ശ്രുതി എന്ന് പറയുന്നത് ദേവതാവും പാസ്വാ ഇവിടെ ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ഭാഷകാരൻ മുഖ്യമായിട്ടും വേദത്തെ സ്വീകരിക്കുന്നു വേദത്തിൽ പറയുന്നുണ്ട് ദേവതകളെയും മറ്റും കുറിച്ച് പറയുന്നുണ്ട് വാചം ധേനു പാ സീത അങ്ങനെയുള്ള ആലംബനങ്ങളിൽ അച്ചലമായ ുദ്ധി ചലിക്കാത്ത ബുദ്ധി എങ്ങനെ ഭിന്ന ജാതിയിൽ മറ്റ് ജാതിയിലുള്ള ചിത്തവൃത്തികൾ കലരാതെ ഇടകലരാതെ പ്രത്യേക സന്താനം പ്രത്യേക ചിത്തം മനസ്സിന്റെ ഒഴുക്കും ശാസ്ത്രം നിർദ്ശിച്ചലംബനങ്ങളിൽ ധ്യാനത്തിനു വേണ്ടി ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആലംബനങ്ങളിൽ എന്ന് പറയും ഏകാഗ്രതമാഹു അതിന് ഏകാഗ്രത എന്ന് പറഞ്ഞു ധ്യാനത്തിന്റെ ഭാഷകാല വ്യാഖ്യാനുള്ള ഏകാഗ്രത ഇത്രയുള്ള ഏകാഗ്രത അതാണ് അത് ശാസ്ത്രം നിർദ്ദേശിച്ച രീതിയിലുള്ള ഏകാഗ്രത ശാസ്ത്രത്തിനോട് പ്രാധാന്യം കൊടുക്കുന്നത് ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഓരോ മനുഷ്യനും അവനവൻ്റെ മനസ്സിന് കൊണ്ട് കൽപ്പിക്കുന്ന രീതിയിൽ പറയും ഇതാണ് ഏകാഗ്രത മറ്റതാണ് ഏകാഗ്രത അത് ശാസ്ത്ര നിർദ്ദേശിച്ചു തന്നെ ആയിരിക്കും പ്രാമാണികമായിരിക്കും ആ ഏകാഗ്രതയായ ഉപാസന എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിന് സദാസമയവും വിക്ഷേപവും ഏകാഗ്രതയും മാറി മാറി സംബന്ധിച്ചുകൊണ്ടിരിക്കുക വിഷയങ്ങളിൽ തന്നെ മനസ്സിനെ വിക്ഷിപ്തമാകുമ്പോൾ അതേ വിഷയങ്ങളിൽ തന്നെ മനസ്സിന് ഏകാഗ്രമാകും പായസം തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കും അത് തന്നെ മനസ്സിനെ വിക്ഷിപ്തമാകും രണ്ടിലും വിഷയത്തിന് കഴിവുണ്ട് പക്ഷേ അതുകൊണ്ട് സാധാരണ ആൾക്കാർ പറയും ധ്യാനം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ മനസ്സുറപ്പിക്കുന്നതാണെന്നൊക്കെ പറയും പ്രത്യേകിച്ചും ആധുനികന്മാരായ കച്ച ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും ഇത് മതി അത് ശരിയാണ് ധ്യാനം തന്നെയാണ് കാരണം ധ്യാനം എന്ന് വെച്ചാൽ ഏകാഗ്രതയാണ് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും കാര്യത്തിൽ മനസ്സുറപ്പിച്ചാൽ ഏകാഗ്രത തന്നെയാണ് സംശയമില്ല പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ ദുഃഖ നിവൃത്തിക്കുള്ള ഉപായ രൂപത്തിലുള്ള ധ്യാനം പറയുന്ന അങ്ങനെയല്ല ശാസ്ത്രം പറഞ്ഞ ആലംബനങ്ങളിൽ തന്നെ ഏകാഗ്രമാണ് ശാസ്ത്രം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആചാര്യനെന്ന് വെച്ചോ ശാസ്ത്രാചാരൻ നിർദ്ദേശിക്കുന്ന ആലംബരം നമ്മുടെ ഏകാഗ്രമം എന്നാലേ അത് ദുഃഖം നിവൃത്തിക്കു പോയിരിക്കും അല്ലെങ്കിൽ എന്തുവരും അത് കൂടുതൽ ദുഃഖത്തിന് കാരണമായി തീരും കാരണം മനസ്സ് പാപത്തിനും ഏകാഗ്രമം ഫലം പാപമായിരിക്കും അത് സംസാരത്തിന് കാരണമായി തീരും ദുഃഖം നിവൃത്തിയല്ല കൂടുതൽ ദുഃഖാധിക്യത്തിന് കാരണമായിത്തീരും അതുകൊണ്ട് ബുദ്ധി ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ധ്യാനമാകത്തിരുന്നുണ്ട് അതിന് പ്രാധാന്യം ശാസ്ത്രോക്ത ദേവതാദി ആലംബനം അത് ഏതാലംബനമാണോ ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് ആയിരിക്കും ആചാര്യം നിർദ്ദേശിക്കുന്നതായിരിക്കും ആ ഏകാഗ്രത അതാണ് ധ്യാനം അന്ന് മുമ്പ് പറഞ്ഞ ഇതാണ് സംയോജിതമായ ബോധം പറഞ്ഞാലോ അതിന് ഉപാസിക്കാൻ പറഞ്ഞു അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏകാഗ്രത തീർച്ചയായിട്ടും ശ്രേഷ്ഠമാണ് ബോധം വന്ന് നിൽക്കുന്നില്ല മാറിപ്പോയാ നമ്മൾ പരാതി പറയുന്നത് തന്നെ ബോധമുണ്ട് പക്ഷെ നിൽക്കുന്നില്ല മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ് ബോധമുണ്ട് ഏകാഗ്രതയില്ല എന്നാണ് എന്താ പിന്നെ ബോധവും ഏകാഗ്രതയും വ്യത്യാസം ബോധം തുടർന്ന് നിന്നാ ഏകാഗ്രത അതെന്ന് പറയുന്നത് എന്താണ് ഭിന്നജാതിയിൽ അനന്തരിത നമുക്ക് ബോധമുണ്ട് ഏകാഗ്രതയുണ്ട് അപ്പം എന്താ സംഭവിക്കുന്നത് ബോധം വരുന്നു പിന്നെ ബോധമില്ലായ്മ വരുന്നു പിന്നെ ഏകാഗ്രത വരുന്നു വീണ്ടും മറിച്ച് ബോധം വരുന്നു ഇതിങ്ങനെ മാറി മാറി ഏകാഗ്രത എന്ന് പറയുന്നത് സമാന ജാതീയമായ പ്രത്യേക പ്രവാഹമായിരിക്കും ഒരേ തരത്തിലുള്ളത് ഒരേ സ്വഭാവത്തിലുള്ളത് ഒന്നു തന്നെ ആയിരിക്കണം ഉണ്ടാരൂപത്തെ തന്നെ ധ്യാനിക്കുന്നു മനസ്സിന് ഒരു വൃത്തിയല്ല ഉള്ളത് പല വൃത്തികളാണ് വിഷ്ണുവിനെ ധ്യാനിക്കുന്നു മനസ്സിനൊരു വൃത്തിയാണോ അല്ല പല വൃത്തിയാണ് എന്തുകൊണ്ട് ആപാതച്ചൂടൻ പാദത്തെ ധ്യാനിക്കുന്നു ശിരസിനെ ധ്യാനിക്കുന്നു അംഗപ്രത്യംഗ ധ്യാനിക്കുന്നു ഒക്കെ മനസ്സിലൊരു വിചാരമാണുള്ളത് അല്ലല്ലോ മനസ്സിൽ പല വിചാരങ്ങളാ വരുന്നു എന്നാലും അതിന് ധ്യാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടത് സമാന ജാതിയുമാണ് വിഷ്ണു എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സംബന്ധിച്ചാണ് പലതായാലും കുഴപ്പമില്ല ഒരു ജാതിപ്പെട്ടാണ് ആ വിചാരങ്ങളെല്ലാം അവിടെ കാണുന്ന അംഗപ്രത്യംഗങ്ങളെല്ലാം വിഷ്ണു എന്ന് പറയുന്ന ഒന്നിന്റെയാണ് അതാണ് ഏകമൊന്നും സമാനമെന്നും പറയുന്നതിന് വരുന്ന വ്യത്യാസം അപ്പം വിഷ്ണുവിനെ ധ്യാനിക്കുമ്പോൾ ഒരംഗം മാത്രമാണ് ആയിക്കഴിഞ്ഞാൽ രൂപധ്യാനം പൂർണ്ണമാകും ആകത്തില്ല ഒരംഗം മാത്രമായ പൂർണ്ണമാകും ആ ധ്യാനം പൂർണ്ണമാകത്തില്ല വിഷ്ണുധ്യാനം പൂർണ്ണമാകത്തില്ല അത് ആപാദമസ്തകം തന്നെ ധ്യാനിക്കുന്നു അപ്പോൾ അവിടെ ഒരു വിചാരമല്ല പല വിചാരങ്ങൾ വരും പക്ഷെ എന്തുവരുന്നു ഭിന്നജാതിയിൽ അനന്തരിത അവിടെ ഭിന്നജാതിയിലുള്ളവരുന്നത് അതിന്റെ ഇടയ്ക്ക് ശത്രുവിന്റെ വിചാരം വരുന്നില്ല മിത്രത്തിന്റെ വിചാരം വരുന്നില്ല മറ്റു വിചാരങ്ങൾ വരുന്നില്ല അപ്പോൾ അവിടെ ഭിന്നജാതിയിൽ അനന്തരിത ഭിന്നജാതിയും വരുന്നില്ല അതിടയ്ക്ക് വരുന്നു പക്ഷെ സാധാരണ ധ്യാനിക്കുമ്പോൾ അങ്ങനെയല്ല വിഷ്ണുവിന്റെ പാദം ധ്യാനിച്ചു കഴിഞ്ഞാൽ അടുത്ത് ചിരസിലെത്തുന്നതിന് പിന്നെ പല പാദങ്ങളും ചിരസുകളും എല്ലാം അതിന്റെ ഇടയ്ക്കൂടെ അവസാനം വിഷ്ണുവിന്റെ ചിരസിലെത്തി അപ്പൊ എന്തു ചെയ്തു അവിടെ ഭിന്നജാതീയൻ അനന്തരിത അന്തരിത ഭിന്നജാതീയങ്ങളെ കൊണ്ടവിടെ ഇടയ്ക്ക് പോകുന്നു അപ്പം ഇവിടെ പ്രത്യേക സന്താനം ഉണ്ട് പക്ഷെ അത് ഏകാഗ്രഹമല്ല മനസ്സൊരിക്കലും പറഞ്ഞിരുന്നില്ല മനസ്സിൽ പല പാദങ്ങളും പല ശിരസുകളും എല്ലാം വന്നു പക്ഷെ പല ജാതിയിലായി ഏകോ ജാതിയിൽ വരണ ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം ഇന്ന് പലരും പറയുന്ന ധ്യാനമൊന്നും ധ്യാനമേ അല്ല ഇല്ല ആൾക്കാരതിനെ ഇഷ്ടപ്പെടുന്നതല്ല കാരണം ഇഷ്ടമുള്ള പറഞ്ഞ ആൾക്കാർ ഇഷ്ടപ്പെടും സൂഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാ എല്ലാവർക്കും ഇഷ്ടമാണ് പറയുന്ന ആൾ വരുന്നുണ്ട് പറയണോ കേൾക്കുന്ന നിങ്ങളെല്ലാം മഹാന്മാരാണ് യോഗ്യന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന് വിവരമുണ്ടെന്ന് ധരിക്കും നമുക്ക് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു മറിച്ചെന്തെങ്കിലും ഒപ്പം കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാ ം വരും പിറ്റേ ദിവസം ഒന്ന് കേൾക്കാൻ തയ്യാറാകത്തില്ല ദുഷ്ടൻ എന്ന് മനസ്സിലരുത് അതാണ് പുതിയ രീതിയിൽ പറയുന്ന ധ്യാനങ്ങളെന്ന് അതിന്റെ വിടെ ആചാര്യം പറയുന്നത് ഏകാഗ്രത എന്ന് പറഞ്ഞു ശാസ്ത്ര നിർദ്ദിഷ്ടമായത് തന്നെ ആയിരിക്കണം അതിലും വിജാതീയ പ്രത്യയങ്ങൾ വരാത്തതായിരിക്കും സമാനപ്രത്യമായിരിക്കും അപ്പോ ഇവിടെ സർവ്വശാസ്ത്രങ്ങളൊക്കെ ഒരാൾ നേടിയാലും ഏകാഗ്രത വേണമെന്നില്ല എന്താ ഏകാഗ്രത ഇല്ലാതെ ഈ ശാസ്ത്രമൊക്കെ ഗ്രഹിക്കാൻ പറ്റുമോ അതിന് അതിനുള്ള ഏകാഗ്രത വേണം ശരിയാ അതിപ്പോ എന്ത് വേണ്ടാതെനും ഗ്രഹിക്കണമെങ്കിൽ ഏകാഗ്രത ഉണ്ടെങ്കിലേ പറ്റും നല്ലതിന് മാത്രമുള്ള ഏകാഗ്രതയുണ്ട് ഹിംസയ്ക്കും ഏകാഗ്രത ഹിംസിക്കുന്നവനും അവനും കൃത്യമായി നിശ്ചയം വേണം എവിടെയാ കണ്ടിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് എന്നാലേ ഹിംസ എളുപ്പത്തിൽ നടക്കത്തുള്ളൂ ഏകാഗ്രത അത് വേണ്ടേ എല്ലാത്തിനും ഏകാഗ്രത ആവശ്യമില്ല അപ്പൊ അതല്ല ഇവിടെ പറയുന്നു ആ ഏകാഗ്രതയല്ലാസ്ത്രജ്ഞാനത്തിന് വേണ്ട ഒരു ഏകാഗ്രത ശാസ്ത്രഗ്രഹണത്തിനു വേണ്ട ഒരു ഏകാഗ്രതയുണ്ട് ആ ഏകാഗ്രത നാലുദിനം ഉണ്ടായിരുന്നു അത് ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ പക്ഷെ ഇവിടെ പറയുന്നതല്ല അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ ഇനി മറ്റൊരു ഏകാഗ്രതയാണ് താല്പര്യം ഗ്രഹിക്കാൻ പറ്റും താല്പര്യത്തിൽ അന്ധകരണം എത്തിച്ചേരാം കാരണം ഇതെല്ലാം പറയുന്നത് എന്താണ് അന്ധക്കരണത്തിന്റെ ഓരോരോ ഭാവങ്ങൾ അതിനുവേണ്ടി ഒരു ഏകാഗ്രത അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് എന്താണ് സർവത്ര പറയുക കൃത്വോപാസി ത ഉപാസന കാരണമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഉപാസനയെ കുറിച്ച് പറയുമ്പോൾ പല ചോദിക്കുക ഇതിനെ ഇത്രയും വിശദീകരിക്കുന്നു അതിന്റെ ആവശ്യം നമ്മുടെ ബുദ്ധി കിടത്തരുത് ബുക്തി കിടത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടത്തില്ല പക്ഷെ അത് കാരണമാണ് അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഏകാഗ്രത വേണം അപ്പം സർവ്വശാസ്ത്രത്തെയും ഗ്രഹിക്കുന്ന ഏകാഗ്രതയുണ്ടെങ്കിലും താല്പര്യത്തെ ഗ്രഹിച്ചില്ലെങ്കിലും ആ ഏകാഗ്രതയില്ല അതിൻ്റെ വേദം പഠിച്ചവന് കഴുതയെന്ന് പറയും വേദം മുഴുവൻ ചൊല്ലും പക്ഷെ എന്തായാലും സാത്യം എന്നറിയത്തില്ല വേദം പഠിക്കുന്ന ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് വളരെ ഏകാഗ്രതയോടുകൂടി ഗുരു പറഞ്ഞതിനെ അനുകരിച്ചോണ്ടാ പഠിക്കാൻ പറ്റിയത് പക്ഷെ മനസ്സിനുറം പോകേണ്ട ഏകാഗ്രതയെത്തി കൊണ്ട് പറയുന്നു ആ ഏകാഗ്രത അത് വേണം ദൃശ്യത്തിച്ച ധ്യാനസ്യും മഹാത്മ്യം ഭരത ഫലം കൊണ്ടറിയാം മഹാത്മ്യം ഏകാഗ്രതയിലും ഇത് നടത്തും ഒരാൾ ഒരുപാട് വർഷം ധ്യാനിക്കുന്നു ധ്യാനിച്ചിട്ടും അതിൻ്റെതായ ഫലം ഉണ്ടാകുന്നു പലതരത്തിലായി ചിലപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടായിരുന്നു എന്ന് വരത്തില്ല അയാൾ ഉദ്ദേശിച്ച ഫലമായിരിക്കില്ല അതിന്റെ ഫലം അത് മറ്റൊന്നായിരിക്കും അതായത് തിരിച്ചറിഞ്ഞെന്നും വരത്തില്ല ഫലം ചെറുപ്പ് പുണ്യസഞ്ചയമായി മാതായ തിരിച്ചറിയാൻ പറ്റി ഫലം ചെലപ്പ് അതീന്ദ്രിയമായി തിരിച്ചറിയാൻ പറ്റി ചില ആഗ്രഹിച്ച ഒരു പക്ഷേ ധ്യാനിച്ചു കഴിഞ്ഞ അവസാനം ആകാശത്തുള്ള പിറക്കാൻ പറ്റുന്നതായിരിക്കും അത് നടന്നു പക്ഷേ അത് ശരിയാണെങ്കിൽ ഏകാഗ്രത ശാസ്ത്രോക്തമായ അതിന്റെ മാഹാത്മ്യം ഫലം കൊണ്ടറിയാം പറയുന്ന യഥാ യോഗി ധ്യായൻ നിശ്ചലോ ബോധി ധ്യാനഫലാഭേ പറയുന്നു യോഗി ധ്യാനിക്കുന്നു യോഗി എന്ന് പറയുമ്പോൾ വേറെ സങ്കല്പത്തിലതൊക്കൊന്നും പോകുന്നു ഫലത്തെ കണ്ട് ആണ് ഇവിടെ പറയുന്നത് യോഗി എന്നിട്ട് ധ്യായൻ നിശ്ചലനാകുന്നു അങ്ങനെ ധ്യാന ഫലലാഭേ ധ്യാനഫല നിശ്ചലം അതാണ് അതിന്റെ അടയാളം എന്ന് പറയുന്നത് അതിന്റെ താത്വികമായ നിശ്ചലത എന്ന് പറയുന്നത് നിശ്ചിന്തതാണ് ധ്യാന ഫലങ്ങളൊന്നുണ്ടാകുന്നു അത് സങ്കല്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ നിശ്ചലതയെ ഇവിടെ പറയുന്നു ധ്യായീപ്ര നിശ്ചലാ ദൃശ്യതയെക്കുറിച്ച് പൃഥ്വി ധ്യാനിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു നിശ്ചലത ആകാശം നമ്മൾ ഓരോന്നിനെയും എടുത്തു പറയും പൃഥ്വിധ്യായീപ് അന്തരീക്ഷം ധ്യായദ്വീപ് ദൗർധ്യായം ദ്വീപ് അപോധ്യായീവ് പർവതാധ്യായീവ ജീവൻ ധ്യാനിക്കുമ്പോൾ പരാജയപ്പെട്ടു ധ്യാന ഫലം ലഭിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ പറയുന്നു പ്രകൃതി മുഴുവൻ ധ്യാനിക്കുന്നു പ്രകൃതി മുഴുവൻ നിശ്ചലതയിലാണ് ധ്യാന ഫലമായ നിശ്ചലതയിൽ പക്ഷെ ജീവൻ അത് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നേന്നു എന്ന് പറയുന്നത് ധ്യാന ഫലമായ നിശ്ചിന്തത അത് അവന് കണ്ടെത്താൻ കഴിയുന്നില്ല മറിച്ച് ധ്യാനം അസ്വസ്ഥമാകുന്നു ധ്യാനിച്ചു ധ്യാനിച്ച അവസാനം ഗുളിക കഴിക്കേണ്ടി വരുന്നു അതാണ് ധ്യാന ഫലം അല്ല അപ്പൊ അത് ശരിയായ ധ്യാനമല്ല നിശ്ചിന്തതയെ വരുത്തുന്ന ധ്യാനം ബാഹ്യമായ അർത്ഥത്തിൽ എടുത്താൽ അതല്ല ബാഹ്യമായ അർത്ഥത്തിൽ എന്താ പ്രതിവിധ്യാനിക്കുന്നു അല്ലല്ലോ പ്രതിവിധ്യാനിക്കുന്ന വാശിയ അർത്ഥം എടുത്തിട്ടെന്താ അതല്ല അന്തരീക്ഷം ഇത്യാദി സമാനമന്യത് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ച് മനസിലാക്കും ആ നിശ്ചലത ഈ പ്രകൃതിയിൽ പോലും കാണുന്നുണ്ട് കാണാൻ പറ്റും അത് വേറെ തരത്തിൽ പറയുന്നില്ലേ വാസുദേവസ്ത്രം പറയുന്നില്ലേ അത് നമ്മൾ മനസ്സിലായിക്കോ ചിന്തകളിൽ നിശ്ചലതെന്ന് പറയുന്നത് മനസ്സിന്റെ നിശ്ചലത അതിന നിശ്ചലതെന്ന് പറഞ്ഞു അത് അത് ഉപാസന ധ്യാനത്തെ ഉപാസിച്ചാൽ അതാണ് സാധാരണ ധ്യാനമാണ് ഉപാസന ധ്യാനിക്കുന്നതിനെയാണ് ഉപാസിക്കുക എന്ന് പറയുന്നത് ഇവിടെ അങ്ങന പറയുന്നു ധ്യാനമാകുന്ന ഉപാസനയില്ല ധ്യാനത്തെ ഉപാസിക്കാൻ പറയുന്നുണ്ട് വ്യത്യാസം വിഷ്ണുവിനെ ധ്യാനിക്കാൻ പറയുന്നു നമുക്ക് പക്ഷെ അവിടെ പരാജയപ്പെടുന്നു എന്തുകൊണ്ടാണ് പറയുന്നത് ധ്യാനം ശരിയാവുന്നില്ല ധ്യാനിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല ിക്കുമ്പശ്ന പ്രശ്നങ്ങൾ കൂടി അപ്പൊ പറയുന്നുള്ള ധ്യാനത്തെ ധ്യാനിക്കുക എന്താ അവിടെ താര ധ്യാനം എന്തെന്നറിയില്ല ധ്യാനം നിശ്ച ഏകാഗ്രതയാണ് ഏകാഗ്രത നിശ്ചലതയാണ് നമ്മൾ ധ്യാനിക്കുന്നു പറയുമ്പോ അവിടെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ നിശ്ചലത സംഭവിക്കണം അല്ലെങ്കിൽ ഇത് ധ്യാനമെന്ന് അതിന് ഹേതുവായിട്ട് പലതും പറഞ്ഞു അവിടെ ചിത്രം വേണം സങ്കല്പം വേണം മനസ്സ് വേണം നാമം വേണം എന്നെല്ലാം പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിന്റെ പുറകെ ഒന്നെന്നുള്ള രീതിയിലല്ല ഇതെല്ലാം ഉള്ളിടത്ത് എന്നെടുക്കും ആദ്യം നാമം പിന്നെ സങ്കല്പം പിന്നെ ചിത്തം പിന്നെ വാക്ക് അങ്ങനെയെന്ന് പറയും ഇതെല്ലാം ഉള്ളിടത്ത് ഇതെല്ലാം ഒരുമിക്കുന്നിടത്ത് ധ്യാനത്തെ ധ്യാനിക്കാൻ പറ്റും എന്നുവെച്ചാൽ ധ്യാനത്തെ ഗ്രഹിക്കാൻ പറ്റെന്താ ധ്യാനം സ്വീകരിക്കാൻ പറ്റും അധ്യാനം എന്ന് പറയുന്നത് അത് നിശ്ചലതാണ് ആ നിശ്ചലതെന്ന് പറയുന്നത് കേവലം ശരീരത്തിൻ്റെ നിശ്ചലതാണ് മനസ്സിന്റെ നിശ്ചിന്ത തന്നെയാണ് അതില്ലാതെ വന്നുകൊണ്ട് ശാസ്ത്രം പ്രയോജനം ചെയ്തില്ല വീണ്ടും ദുഃഖം അത് വന്നിരുന്നെങ്കിൽ ശാസ്ത്രം പ്രയോജനം ചെയ്ത് അതിനെ കുറിച്ച് പറയുന്നു എന്താണോ ദൈവമനുഷ്യാഹ മനുഷ്യാസ്റ്റ് ദേവമനുഷ്യാഹ മനുഷ്യ സമാഹദേവമനുഷ്യാഹ സമാധി ഗുണസമ്പന്നാഹ മനുഷ്യര് ധ്യാനിക്കുന്നു ദേവന്മാർ ധ്യാനിക്കുന്നു സർവ്വരും ധ്യാനത്തിലാണ് അറിഞ്ഞുകൊണ്ടാരും ധ്യാനിക്കുന്നില്ല പക്ഷെ അറിയാതെല്ലാരും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു പൃഥ്വി ബോധപൂർവം ധ്യാനിക്കുന്നുണ്ട് പക്ഷെ പൃഥ്വി അറിയുന്നില്ല പൃഥ്വി ധ്യാനിക്കണം എന്ന് പറയാൻ മുമ്പ് പറഞ്ഞല്ലോ വേറെ രീതിയിൽ പറയും തത്വത്തിന്റെ ദൃഷ്ടിയിൽ പറയുമ്പോൾ പ്രതിബോധവിധം നമുക്ക് പറയുന്നുണ്ട് തത്വദൃഷ്ടി പറയും ഉപാസനയുടെ ദൃഷ്ടി പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു സർവരും ഈ അനുഭവത്തിലാണ് വേറെ ചില ഭാഗത്ത് പറയും സർവരും ആത്മാവിനെ അന്വേഷിക്കുന്നു സർവർ സാധാരണ ജയിക്കരു സർവ്വര് സമൂഹത്തെ അന്വേഷിക്കുന്നു എല്ലാവരും ഒരു വഴിക്ക് തന്നെ സഞ്ചരിക്കുന്നു സർവരും ഒരേ ലക്ഷ്യത്തിൽ തന്നെ സഞ്ചരിക്കുന്നു സർവരും ധ്യാനിക്കാണ് പറയുന്നു ദേവന്മാരും മനുഷ്യന്മാരും ദേവ മനുഷ്യ മനുഷ്യ ഏവവാ ദേവത്തമാ ദേവ മനുഷ്യ സമാധി ദൈവസ്വരൂപം എന്ന ജഹതി ദൈവരൂപത്തെ അവൻ വിടുന്നില്ല മനുഷ്യൻ തന്നെ അസുരനാവുന്നത് ദൈവരൂപത്തെ വിട്ടിട്ടാണ് ദൈവരൂപത്തെ അവൻ വിടാനൊക്കത്തില്ല സ്വരൂപത്തെ ആർക്കും ത്യജിക്കാൻ പറ്റത്തില്ല എന്നാണ് അവൻ അസുരനാകുന്നത് വിശിഷ്ടം ധ്യാനം ധ്യാനത്തെ തത്വമായി മനസ്സിലാക്കാം അനുഷ്ഠാനമായി മനസ്സിലാക്കാം രണ്ടും പറയുകയാണ് തത്വമായി പറയുമ്പോൾ സർവ്വത്ര ധ്യാനമേ ഉള്ളൂ ഇവിടെ പറഞ്ഞ് ദേവനും മനുഷ്യനും വരും അച്ചരങ്ങളും ജടങ്ങളുമായിരിക്കുന്ന ഭൂതങ്ങൾ പോലും ധ്യാനത്തിലാണ് മനുഷ്യന് മാത്രം ധ്യാനിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാലങ്ങനെ ശരിയാവും അനുഷ്ഠാനസ്മദിവന്ധ്യാനം തസ്മലോകുഷ്യണമേധന വിധേയ പുനർവാ മഹം പ്രാണി ധനഭന്ധേ ആപാദോ ധ്യാന സ്വാമി കലാഭകലാമന് എല്ലാരും ധ്യാനിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ ശരിയാകും പറയുന്നു മനുഷ്യനാമേ ഈ മനുഷ്യരെ തന്നെ നോക്കുക ധനൈഹി വിദ്യയ ഗുണേർവ മഹതാ മഹത്വം പ്രാപ്തിന് മന്തി ധനത്തെ കൊണ്ട് മഹത്വം നേടുന്നു ഒരുപാട് ധനസമ്പാദ വലിയ സ്വസ്ഥനുടമയായി തീരുന്നു വിദ്യയാ ചിലര് ശാസ്ത്രങ്ങൾ വലിയ അറിവിന് ഉടമയായി തീരുന്നു ഗുണൈവ ചിലുണങ്ങൾ സമ്പാദിക്കുന്നു സദ്ധർമ്മം സദാചാരം മഹത്വം പ്രാപിക്കുന്നു എവരുടെ മഹത്വത്തെ പ്രാപിക്കുന്നു ധ്യാനഫലമായ മഹത്വത്തെ ഉദാഹരണമായിട്ടൊക്കെയാണ് ധനാദിമഹത്വഹേതുൻ്റെ പന്തി മഹത്വഹേതുവായ ധനം വിദ്യ ഗുണം എന്നാ നേടുന്നു ധ്യാനാപാദാംസ ധ്യാന ആപാദനം ആപാദവും ധ്യാന ഫലലാഭം വ്യത്യത അതൊക്കെ ധ്യാന ഫലം തന്നെയാണ് ധനം നേടണമെങ്കിൽ ധ്യാനിച്ചേ പറ്റില്ല ധനമുണ്ടാകുന്നത് ധനത്തെ ധനത്തിന്റെ മാർഗങ്ങൾ ധ്യാനിക്കുന്നേ ഉള്ളൂ മോക്ഷവും ധനവും ധനാഗമനമാർഗവും ധ്യാനിക്കുമ്പോൾ അധ്യാന ഫലമാണ് ധനം വിദ്യ നാലുദിനെപ്പോലെ ധ്യാനിച്ചതുകൊണ്ടാണ് വിദ്യ ഉണ്ടായത് വിദ്യയുടെ ഉപായങ്ങൾ അതെല്ലാം ധ്യാനിച്ചു ഗുണങ്ങൾ അത് സഗുണമാണ് ദുർഗുണമാണ് തിരിച്ചറിഞ്ഞ് ധ്യാനിക്കുന്നു സഗുണത്തെ സദ്ഗുണങ്ങളെ ധ്യാനിക്കുന്നു സ്വായത്തമാകുന്നു ഇവിടെയെല്ലാം ധ്യാനം അത് ഇവിടെയൊക്കെയുണ്ട് ധ്യാനം പക്ഷെ അതൊന്ന് മോക്ഷോപയോഗി അല്ലെന്നേ ഉള്ളു ദുഃഖം ഇവിടെ തേക്കും ഘടക കൃത്യതക്കതൊന്നും ഉപകരിക്കുന്നില്ലെന്നുള്ളൂ പറയുന്നു ഇതെല്ലാം ധ്യാനം തന്നെയാണ് അപ്പം ഇന്നീ ധ്യാനം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പല പഠിപ്പിക്കുന്നു പലരും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രത്തെ ഒന്നും പിന്തുടരാതെ സോ കപോല കല്പിതം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ധ്യാനം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഫലത്തെ കൊടുക്കുന്നത് തന്നെയാണ് സംശയം പക്ഷെ ഇതുപോലെ ധന ഗുണം വിദ്യ ഇതുപോലെയൊക്കെയുള്ള ഫലമേ കൃതകൃത്യതുകൊണ്ടാണ് ദുഃഖ നിവൃത്തി ഉണ്ടാവില്ല അതൊക്കെ ധ്യാനം തന്നെ ദുഃഖനിവൃത്തി ഉണ്ടാവണമെന്നും ഇവിടെ സനക്കുമാരൻ പറയുന്നത് പോലെ ശാസ്ത്ര ആചാര്യ ദ മാർഗത്തിലൂടെ തന്നെ ഉപദേശിക്കുന്നവരെല്ലാം ആചാര്യന്മാരാണല്ലോ ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവർ ഇതിനെ പിന്തുടരുന്നുണ്ടോന്ന് നോക്കണം ശാസ്ത്രാചാര്യന്മാരെ പിന്തുടരുകയാണ് നിഷേധിക്കണം നിഷേധിക്കണമെങ്കിൽ അവർ പറഞ്ഞുകൊടുക്കുന്നത് ധ്യാനമാർഗമല്ല ഇനി പിന്തുടരുന്നുണ്ടോ അറിഞ്ഞാണോ പിന്തുടരുന്നോ അറിയാതെയാണോ അറിയാതെ പിന്തുടരുന്നാലും അതൊന്നും ധ്യാനമാർഗമല്ല ധ്യാനമാണ് പക്ഷേ ദുഃഖം നിവർത്തിക്കുന്നു അറിഞ്ഞതാണ് പിന്തുടരുന്നതെങ്കിൽ അത് ദുഃഖ നിവൃത്തിക്ക് ഉതകുന്ന ധ്യാനമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പാദ്യങ്ങളുണ്ടാവുക ഇവിടെ പറഞ്ഞ പോലെ ധനം വിദ്യ ഗുണം ഇതെല്ലാം സമ്പാദിക്കാം ദുഃഖം നിവൃത്തിക്കും അതുകൊണ്ട് ദുഃഖം നിവൃത്തിക്ക് ഉതകുന്ന ധ്യാനം പറയുക ധ്യാനം അതുകൊണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ ആ ധ്യാനത്തിന്റെ അംശങ്ങളാണ് കലാഹകാജ്യാനാഭകലാ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ആ ധ്യാനഫലത്തിന്റെ അംശങ്ങൾ അവരൂടെ നേടുന്നു ധ്യാനവും അതിന്റെ ധ്യാനത്തിന്റെ അംശമാണ് ഫലവും അതിന്റെ അംശമാണ് സമ്പത്തുണ്ടാവണമെങ്കിൽ സമ്പത്തിന് ധ്യാനിക്കാതെ സമ്പത്തുണ്ടാവട്ടെ കർമ്മവും ഫലവും തമ്മിൽ ബന്ധമുണ്ട് കർമ്മം കൂടാതെ ഫലവും ഉണ്ടാകത്തില്ല ഒരിക്കലും വരത്തില്ല പ്രപഞ്ചവ്യവസ്ഥ തന്നെ ഇല്ലാതായി ഹേതു ഉണ്ടായാലേ ഫലം ഉണ്ടാവും വിദ്യ അത് പ്രയത്നിക്കാതെ ഉണ്ടാകത്തില്ല അത് ധ്യാനിച്ചാലേ ഉണ്ടാവും ആ ഫലം കാണുന്നുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ അതിന്റെ ഹേതുക്കളുമുണ്ട് ഹേതുനീ ഫലം ഈ രീതിയിലാണിത് ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിവിടെ ശ്രുതി അതിനെയൊക്കെ അംഗീകരിക്കുന്നു അതൊക്കെ ധ്യാനം തന്നെ അതൊക്കെ ധ്യാന ഫലം തന്നെ പക്ഷെ അവിടെ നീ പറയുന്നത് നിശ്ചലതയല്ല നാല് കടന്നുപോയ ആളാണ് സർവശാസ്ത്രവും പഠിച്ചാണ് സുഖം കൂടുതൽ വന്നിരിക്കണം അത് മോശമല്ലെന്ന് പറയുന്നു തേ ഭവന്തി നിശ്ചലായുവ ലക്ഷ്യന്തി നിക്ഷുദ്രായുവ അത് നിശ്ചലം പോലെ തന്നെ നീചമല്ല നീചമെന്ന് പറയാൻ ധനം നീചമാണ് വിദ്യ നീചമാണ് ഗുണം നീചമാണ് ഒന്നുമല്ല അതൊക്കെ ധ്യാനത്തിന്റെ മഹത്വമുള്ള വഴിയാണ് തന്നെയാണ് ക്ഷുദ്രാ അതേ പുനരൽപുദ്രി ധനദിമഹകദേശം അപ്രാതേ പൂർവോക്തവിപരീതീന കലഹീന പശിനോഷ ഉദ്സകാ ഉപവാദ പരദോഷം സമീപം യുക്തമേവം സീനം യേശാന്തി ഉപവാദി ഇത് പറയുന്ന ജീവിതത്തിൽ ഒന്നും നേടാത്തവർ അങ്ങനെയുള്ളവരുമുണ്ടല്ലോ ഇതൊക്കെ വിദ്യയും ധനവും ഒക്കെ നേടണമെങ്കിൽ അവിടെ ധ്യാനം ആവശ്യം അങ്ങനെ ഒന്നും നേടാത്തവരുമുണ്ട് അവരെങ്ങനെ സമയം കളയുന്നു പൂർവ്വ വിപരീത വിപരീതമായി കലഹിന പരസ്പരം കലഹിക്കുന്നു അവർക്കൂടും കലഹശീലഹ പരദോഷ പരദോഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നു അസൂയ ഇതെല്ലാം പറഞ്ഞോണ്ട് അടു ധനുണ്ട് അസൂയോടെ അത് നോക്കുന്നു ഉപവാദിന് പരദോഷ സാമീപ്യം ചീത്ത പറയുന്നു മുഖത്തു പരദോഷ സാമീപ്യമുക്തെന്ന് പറയുന്ന അതാണ് ചില ദൂരെ നിന്നും ഒളിച്ച് കേൾക്കാതെയൊക്കെ പറയും എന്നാണ് ശരിയല്ല ചില നേരിട്ടും പറയും അതിഥീന വിഷാന്തി ഉപവാദിനസ്തഭന്തി അവര് ധ്യാനിക്കുന്നു എന്ന് പറയാം കാരണം അവർ ഫലം കാണുന്നു നേടിയതായി കാണുന്നുണ്ട് ഒന്നിനെ കുറച്ചേക്കാൻ പറ്റുന്നു ധ്യാനമുണ്ട് നേരത്തെ പറഞ്ഞാൽ സർവരും ധ്യാനിക്കണം അത്തരത്തിലുണ്ട് പൃഥ്വിയും അഗ്നിയും ഒക്കെ ധ്യാനിക്കുന്നത് പോലെയുണ്ട് പക്ഷെ ഫലത്തെ ഉണ്ടാകത്ത ധ്യാനം നേട്ടങ്ങളൊന്നും അവിടെ കാണുന്നില്ല നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ അതേ മഹത്വം പ്രാപ്ത ധനാതിനിമിത്തം അന്യാന് പ്രതി പ്രവനമൊക്കെ നേടുന്നതിന് വേണ്ടി മനുഷ്യൻ എത്ര കഷ്ടപ്പെടുക എന്തുമാത്രം ബുദ്ധി ഉപയോഗിക്കണം എന്തുമാത്രം അധ്വാനം ഉപയോഗിക്കണം അവിടെ ശരിക്കും ധ്യാനമാണ് അത് അംഗീകരിക്കേണ്ട കാര്യമാണ് അതിൽ പിന്നെ ധർമ്മം അധർമ്മം പോലുള്ള കാര്യങ്ങളൊക്കെ വരും ധർമ്മം കൊണ്ടാണോ ധനം കൊണ്ടാകണം അധർമ്മവും അതൊക്കെ വരുമ്പോ അത് മറ്റൊരു വശമാണ് അതിന്റെ ദോഷവശങ്ങളൊക്കെയാണ് ആ വിഷയത്തെ കുറിച്ചല്ല പറയുന്നത് അവരുടെ അടുത്തുനിന്ന് കുഴിച്ചെടുത്താൽ അവരുടെ കൂട്ടാൻ പറ്റും പ്രകൃതിയുടെ നിയമമാണ് കുഴിക്കാത്തവരുടെ അടുത്ത് കുന്നുണ്ടാകും അപ്പൊ സമ്പത്തവരുടെ അടുത്ത് കൂടുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ദ്രോഹിച്ചുകാര് അല്ലാത്ത അത് മറ്റൊരു വശം അതിന്റെ സ്വഭാവമാണ് പ്രകൃതിയുടെ സ്വഭാവം ദ്വന്ദ്ത്മകമാണ് അതിന് മാറ്റം വരുത്താൻ ആർക്കും പറ്റത്തില്ല ഇവിടെ അതിനെ കുറിച്ചിട്ട് പറയുന്നത് അതിൽ വന്ന ധ്യാനത്തെ കുറിച്ചാണ് അതിനെ കുറിച്ച് പറയുന്നു അത ഈ മഹത്വം പ്രാപ്ത ധനാധിമവര് അതുകൊണ്ട് അവരൊരു മഹത്വത്തെ പ്രാപിച്ചു ധനം വിദ്യ ഗുണം ധനം ഗുണം വിദ്യ അതുപോലെ തന്നെ ധനം രാജാവ് ധനവാനാണ് അങ്ങനെ ധനമുണ്ടായി ശത്രുരാജ്യങ്ങളെ ആക്രമിച്ച് ധനം സമ്പാദിച്ച് കീഴ്പ്പെടുത്തി അങ്ങനെ ധനം ഉണ്ടാവും വിദ്യ അങ്ങനെയല്ല ആർജിക്കുന്നു ഗുണം അങ്ങനെയല്ല ആർജിക്കുന്നു അതിനാരെയും ദ്രോഹിക്കേണ്ട ആവശ്യം ധനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല പരോക്ഷമായിട്ടെങ്ങനെ ദ്രോഹിക്കാതെ ധനം ഉണ്ടാവാ ധനാദി നിമിത്തം അന്യാൻപ്രതി പ്രഭുവന്തി പ്രഭുവു അവർക്ക് പ്രഭുത്വം ഉണ്ടാകുന്നു സാമർഥ്യം ഉണ്ടാകുന്നു അതുകൊണ്ടും വിദ്യ ആചാര്യ രാജേശ്വരാദിയോ ധ്യാന ആപാദാംശ വിദ്യ ഉണ്ട് അവര് ധ്യാനത്തിലൂടെ വിദ്യ സമ്പാദിച്ചു പക്ഷെ അത് പൂർണ്ണമല്ല കാരണം ദുഃഖം നിവർത്തിക്കും രാജേശ്വര ചക്രവർത്തിയുടെ കാര്യം പറയും ചക്രവർത്തി സമ്പാദിച്ച് ധനമാണ് അത് വിദ്യപോലല്ല അതിനും ധ്യാനമാവശ്യമാണ് ആലോചിക്കുന്ന ബുദ്ധി എങ്ങനെ ധനം ഉണ്ടാക്കണം അന്യന്റെ കൈ ഇരിക്കുന്ന സാധനം എങ്ങനെ തൻ്റെ കൈ വരക്കണം ധനം തൻ്റെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ വേറൊരാണ്ട് കയ്യിരിക്കുന്ന ഇങ്ങോട്ട് ഒഴുകി വരണം അപ്പം അവിടെ കുറയും വിദ്യ അങ്ങനെ വേറൊരാണ്ട് കൈയിരിക്കുന്നതന്നെ തനിക്ക് വരുന്നു പക്ഷെ അവിടെ കൂടും കൊടുക്കുന്നവന് കൂടും വ്യത്യാസം അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് അംശം അംശങ്ങളാണ് പൂർണ്ണതയല്ലോ ഇവിടെയെങ്കിലും ധ്യാനത്തിന്റെ പൂർണതയും അതോ ദൃശ്യന്റെ ധ്യാനത്തെ മഹത്വം എന്തായാലും ധ്യാനം മഹത്വമുള്ളതാണോ ഫലത്തോ ഫലം കൊണ്ടതോ ഉയോ ധ്യാനത്തെക്കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞു എല്ലാം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ധ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ിക്കുക എന്നാണ് പറഞ്ഞത് ധ്യാനിക്കാനല്ല പറഞ്ഞു സാധാരണ എപ്പോഴും പറയാറ് മഹാത്മാക്കളല്ല ധ്യാനിക്കുക പക്ഷെ എന്താണ് ധ്യാനം മനസ്സിലാക്കുക പിന്നെ ധ്യാനിക്കുക ധ്യാനത്തെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം ധ്യാനം എന്തൊന്നും മനസ്സിലാക്ക അത് തന്നെ അങ്ങനെ ഒന്ന് വേണം പറയും ഉപാസ അതുകൊണ്ട് അതിനെ ഉപാസിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഞാൻ അറിയേണ്ട കാര്യങ്ങൾ ഉപാസിക്കേണ്ട കാര്യങ്ങൾ വേറെയും പല ഉപാസിക്കേണ്ടതുണ്ടോ എന്നും പറയൂ